പ്രപഞ്ചരേ സ്മൃശിത മണ്ഡകി ഉപീക്ഷത വൈചത്യ പ്രവർണ്ണപുത്രൻ ന പത് ഏഴാമത കരിഗ നിസ്തുതിർ നന്ദ നമസ്കാരോ നിസ്സുധാ കരയേവച ജന ജനനികേ തജ്ജ ക്രിയത്രിയാദ്രസ്തി തൗ ഭവേത് കഴിഞ്ഞ കാര്യവത് ലോകമാരിയ ആചരണം എങ്ങനെയായിരിക്കും അത് അത് പറയുന്നു സ്തു നമസ്കാരാദി സർവകർമ്മർജി സർവകർമ്മ വർജിതനായി എങ്ങനെയുള്ള സ്തുതി നമസ്കാരാദി സർവകർമ്മ വർജിതനായി സ്തുതി നമസ്കാരാദികൾ നമ്മൾ എവിടെയാണ് അർപ്പിക്കുന്നത് സ്തുതിക്കുന്നവനേക്കാൾ നമസ്കരിക്കുന്നവനേക്കാൾ ഉത്കർഷത മറ്റൊരിടത്ത് കാണുമ്പോഴാണ് അവിടെ സ്തുതിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നത് സ്തുതി നമസ്കാരാദികൾക്കൊന്ന് വേണം തന്നെ കുറിച്ച് അപകർഷത അത് വേണം ദേവതകളെയും മറ്റും സ്തുതിക്കുന്നു നമസ്കരിക്കുന്നു അവിടെ നിന്ന് പലതും ആഗ്രഹിച്ചുകൊണ്ടാണ് എന്തെങ്കിലും അവിടെ നിന്ന് അപ്പവിടെ തന്നെ പോരായ്മകളുണ്ടെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് അത് ആർജിക്കാൻ അപ്പൊ സ്തുതിക്കുകയും നമസ്കരിക്കുകയും വേണമെങ്കിൽ രണ്ടു കാര്യം വേണം ഒന്ന് സ്തുത്യമായിരിക്കുന്നത് നമസ്കാരിയമായിരിക്കുന്നു ഏതിനെയാണോ സ്തുതിക്കുന്നത് ഏതിനാണോ നമസ്കരിക്കുന്നത് ഉത്കർഷ ചിന്ത അത് ശ്രേഷ്ഠമാണ് ഉത്കർഷമാണെന്നുള്ള ചിന്ത താൻ സ്തുതിക്കുകയും നമസ്കരിക്കുകയും ചെയ്യണമെങ്കിൽ താൻ തന്നെ ഉള്ള അപകർഷത അതും വേണം അതിൽ താൻ താഴ്ന്നവനാണ് തനിക്ക് ചില ലക്ഷ്യപ്രാപ്തി ഉണ്ടായിരിക്കണം പുതിയ നമസ്കാരാദികളിലൂടെ എന്തെങ്കിലും നേടാനുണ്ടായിരിക്കണം ഇവിടെ പറയുന്ന ത്വരിയ സ്ഥിതൻ ആത്മനിഷ്ഠൻ എന്താണ് തന്നിൽ നിന്നും ഉത്കൃഷ്ടമായി മറ്റൊന്നിനെയും കാണുന്നില്ല കാരണം താൻ ആത്മസ്വരൂപനാണ് ആത്മസ്വരൂപനായിരിക്കുമ്പോ ആത്മാവിനേക്കാൾ ശ്രേഷ്ഠമായും വലുതായും മറ്റൊന്നുമില്ല ആത്മനിഷ്ഠയിൽ ഉത്കൃഷ്ടമായി ഒന്നിനെയും കാണുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റൊന്നിൽ നിന്നും തനിക്ക് അപകർഷമില്ല കാരണം ആത്മാവ് ഒന്നിൽ നിന്നും അപകൃഷ്ടമല്ല ഉത്കൃഷ്ടത അപകൃഷ്ടത തുടങ്ങിയ ഭാവം ഇല്ലാത്തതുകൊണ്ട് സ്തുതി നമസ്കാരാദി സർവകർമ്മങ്ങളെയും അയാൾ വർദ്ധിച്ചിരിക്കുന്നു എങ്ങനെയുള്ള കർമ്മങ്ങൾ ഇത്തരം ഉത്കൃഷ്ടത അപകൃഷ്ടത തുടങ്ങിയ ആശ്രയിച്ചു വരുന്ന കർമ്മങ്ങൾ അതാണ് സർവ്വകർമ്മങ്ങളെന്ന് പറയുന്നു അതിൽ യാഗാദി കർമ്മങ്ങളും മറ്റും അവിടെ എന്താണ് പ്രാപ്യമായ ഒന്നുണ്ട് ഞാനത് പ്രാപിക്കേണ്ടവനാണ് താൻ പ്രാപിക്കേണ്ടിയിരിക്കുന്നത് ശ്രേഷ്ഠമാണ് അവിടെയും ഉത്കൃഷ്ടത വരും അത് പ്രാപിക്കുന്നതുവരെ തന്നെ അപകർഷതയുണ്ട് ഈ തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായാലേ അത്തരം കർമ്മങ്ങളും ചെയ്യാൻ പറ്റും ഉത്കൃഷ്ടത അപകർഷത ഇവയെ ആശ്രയിച്ചു കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നതാണ് സ്തുതി നമസ്കാരാദികൾ സർവകർമ്മ വർജിതനായി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ആരും സ്തുതിക്കാനോ നമസ്കരിക്കാനോ പാടുന്നുണ്ട് അതൊന്നും പാടില്ലെന്നല്ല ഇവിടെ പറയുന്നു ഇവിടെ പറയുന്ന ആത്മനിഷ്ഠനാണ് ആത്മനിഷ്ഠയിൽ താൻ ആത്മാവായി തന്നെ ഇരിക്കാൻ തന്നിൽ ഇത്തരം ഭാവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരം പ്രവൃത്തികൾ ഉണ്ടാകുന്നില്ല പരിചിത തെക്ക സർവബാഹ്യേഷണഹ സർവബാഹ്യേഷണങ്ങളും തിരിച്ചിരിക്കുന്നു നമ്മൾ സ്തുതിക്കുകയും നമസ്കരിക്കുകയും സേമം നമ്മളെന്ത് ചെയ്യുന്നു നമ്മളിവിടെ അർത്ഥിക്കുന്നു ഒന്നിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന എന്ന് പറയുന്നതാണ് യേഷണം ഉള്ളിലായ യേശുന ഉണ്ടെങ്കിലും അതിനുവേണ്ടിയുള്ള കർമ്മങ്ങൾ ആചരിക്കണം സ്ഥിതി നമസ്കാരാദികളെല്ലാം വേണം പക്ഷേ ഇവിടെ ആത്മനിഷ്ഠന് അത്തരം വേഷണങ്ങളില്ല എന്തെങ്കിലും ഒന്നിനാഗ്രഹിക്കുന്നില്ല എന്തെങ്കിലും ഒന്ന് പ്രാപിക്കണമെന്നില്ല അടുത്ത് പറയുമ്പോൾ ഇത്രയും യാദർച്ഛിക തന്നിൽ വന്നു ചേരുന്നതെല്ലാം യാദൃച്ഛികമാണോ എന്ന ശാസ്ത്രം പറയുന്ന രീതിയിൽ പ്രവർത്തിച്ച് അതിലൂടെ നേടുന്ന ഒന്നുമില്ല അല്ലാതെ തന്റെ പ്രാരബ്ധമനുസരിച്ച് വന്നുചേരുന്നത് അപ്പൊ അതിനുവേണ്ടി യേഷ്യയുടെ ആവശ്യം എന്താ ഉണ്ട് സർണ അറിവില്ലായ്മ കൊണ്ടാണ് ആഗ്രഹിക്കാതെ തന്നെ തന്നെ പ്രാപിക്കേണ്ടതെല്ലാം തന്നെ പ്രാപിക്കും എന്നുള്ള തത്വം അറിയാവുന്ന ഈ ആത്മനിഷ്ഠേനം പിന്നെ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല ആഗ്രഹിച്ചാൽ അത് വർദ്ധമായി തീരും കാരണം വന്നുചേരേണ്ടത് ആഗ്രഹിക്കാതെ അല്ല വന്നുചേരും പറയുന്നു പ്രതിപന്ന പരമഹംസ പാരി പരമഹംസ പാരിപ്രാജ്യത്തെ പ്രാപിച്ചവൻ പരിപ്രാജ്യ എന്ന് വെച്ചാൽ സന്യാസിയാണ് സർവവും പരിത്യജിച്ച് നിത്സർവത്തെ ഉപേക്ഷിച്ചിട്ട് ശ്രവണ മനൻ ആദ്യ സാധനങ്ങളോടുകൂടി മാത്രം ജീവിക്കുന്നവനാണ് പരിപുരാജകൻ എന്ന് പറയുന്നത് ഇവിടെ പരമഹിംസ പരിപുരാജ്യം എന്ന് പറയുന്നു ഇപ്പൊ ഭരണ ആശ്രമ അഭിമാനങ്ങളെ ത്യജിച്ചവനും നമ്മൾ സാധാരണ പറയുന്നത് സന്യാസിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കാരണം സന്യാസം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് അതൊരു ധർമ്മമാണ് ബ്രഹ്മചര്യം ഹസ്യം ഓരോരു ധർമ്മമാണ് സന്യാസം ആ ധർമ്മത്തെ ഒരാൾ സ്വീകരിച്ചിരിക്കുകയാണ് അയാളെ സംബന്ധിച്ച് എന്താണ് ഒരു വ്രതമുണ്ട് ധർമ്മത്തിലൊരു നിഷ്ഠയുണ്ട് ഇതെല്ലാം എന്താണോ യേശന അതെല്ലാം നിലനിൽക്കും അഭിമാനം ഉണ്ടെങ്കിലും ധർമ്മത്തെ നമുക്ക് നിലനിർത്താൻ പറ്റും അഭിമാനമില്ലാതെ നിലനിർത്താൻ പറ്റത്തില്ല പരമവംസ പാരിപ്രാജ്യം എന്ന് പറയുന്നത് എന്താണ് ആ ധർമാഭിമാനവും തിരിച്ചവൻ അഭിമാനം കൂടാതെ ഒരു ധർമ്മവും നിലനിൽക്കുന്നില്ലെങ്കിൽ ഏത് ധർമ്മമായാലും ശരി എത്ര ശ്രേഷ്ഠമായ ധർമ്മമായാലും ശരി ചരിയ എന്ന് പറയുന്നതാണ് ജീവിതത്തിലുള്ള ചില നിഷ്ഠകൾ ഏതെങ്കിലും ഒരു നിഷ്ഠ ജീവിതത്തിൽ നിലനിർത്തണമെങ്കിൽ അതിനെ ധർമ്മമായാലും ശരി അധർമ്മമായാലും ശരി അവിടെ ഒരു അഭിമാനം കൂടിയേ തീരും ആ ധർമ്മത്തിലുള്ള അഭിമാനം വേണം ആ ധർമ്മത്തിൽ എനിക്ക് ജീവിക്കണം ആ ധർമ്മത്തിൽ നിലനിർത്തണം ഇത്തരം അഭിമാനങ്ങൾ വേണം അതാണ് ആശ്രമാഭിമാനം എന്ന് പറയുന്നത് അതുപോലെ വർണ്ണത്തിൽ വരുന്ന അഭിമാനം ഒരു വർണ്ണത്തിന് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക വർണ്ണത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കുക ബ്രാഹ്മണ നക്ഷത്രീൻ തുടങ്ങിയ വർണ്ണങ്ങൾ അത് വർണ്ണാഭിമാനം വർണ്ണാഭിമാനത്തിന് സംബന്ധം തന്നെയാണ് ആശ്രമാഭിമാനം ഇത് രണ്ടും ഉപേക്ഷിക്കേണ്ടതാണ് എന്നത് എന്നുവെച്ചാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന സന്യാസത്തിൽ ഉപേക്ഷിക്കും എന്നാലേ സന്യാസിയാവും ഇവിടെ പറയുന്ന പരമഹംസ പരിപ്രാജ്യം അത് സംഭവിക്കത്തുള്ളൂ എന്നത് സ്വീകരിക്കുന്നത് എന്തോ അത് ഉപേക്ഷിക്കേണ്ടി സന്യാസം എന്ന് പറയുന്ന ധർമ്മത്തെ നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്നു അതിപ്പോ ഇല്ല മറ്റെന്തെങ്കിലും ധർമ്മമാണ് അനുഷ്ഠിക്കുന്നത് ബ്രഹ്മചര്യം സന്യാസം ഇതെല്ലാം എന്താണോ തന്നിൽ ആരോപിതമായി അനുഷ്ഠിക്കുകയാണ് തന്നെ കൽപ്പിച്ചിട്ട് അനുഷ്ഠിക്കുകയാണ് അപ്പൊ ഇത്തരം ധർമ്മങ്ങളെ സ്വീകരിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ എന്താണോ അതിന് അഭിമാനം നൽകുന്നു അഭിമാനത്തിന് ദേശിച്ചാൽ ഇവിടെ പറയുന്ന പരമഹംസ പരിപ്രാജ്യം എന്ന് പറയുന്നു ാണ് അതിവർണ്ണാശ്രമി എന്ന് അത്തരക്കാരെ കുറിച്ച് പറയുന്നു ആത്മനിഷ്ഠനെന്താണ് വർണ്ണിയോ ആശ്രമിയോ അല്ല മുമ്പ് ഭാഷകാലം പറഞ്ഞിട്ടുണ്ട് വർണ്ണികൾക്കും ആശ്രമികൾക്കും വേണ്ടി പറഞ്ഞ കാര്യങ്ങളുണ്ട് ഒരുപാട് നമ്മൾ അധിഷ്ഠിക്കുന്ന ധർമ്മം ബ്രഹ്മചര്യം തുടങ്ങിയ എല്ലാ ആശ്രമികൾക്കും വേണ്ടി പറഞ്ഞിട്ടുള്ള ധർമ്മങ്ങളാണ് അതൊന്നും പരമാർത്ഥമല്ല അവിടെയുള്ള അഭിമാനത്തെ ത്യജിക്കുക അതാണ് പരമഹംസ പരിഭ്രാജ്യം അത് പ്രത്യേകം പറയാൻ കാരണം ഇല്ലെങ്കിൽ ധരിക്കും എന്താണ് ഈ ആശ്രമധർമ്മങ്ങളാണ് ശ്രേഷ്ഠം അതുകൊണ്ടാണ് പലരും കരുതുന്ന എന്താണ് സന്യാസ ശ്രേഷ്ഠമാണ് മറ്റാശ്രമങ്ങളെല്ലാം നികഷ്ടമാണ് എന്നെല്ലാം കരുതുന്നത് തെറ്റിദ്ധാരണ കൊണ്ടാണ് അത് ആശ്രമധർമ്മങ്ങളെന്ന് നിലയ്ക്ക് അത് പ്രത്യേകിച്ച് ശ്രേഷ്ഠതയൊന്നുമില്ല ഓരോരുത്തരുടെ സംസ്കാരമനുസരിച്ച് ഓരോ വ്യക്തികളും ഓരോ ചരികൾ സ്വീകരിച്ചിരിക്കുന്നു അത്രേയുള്ളൂ അതിൽ കവിഞ്ഞ് അതൊരു ചരിയായെന്നുള്ള നിലത്തിൽ തന്നെ എന്താണ് അഭിമാനത്തോടുകൂടി അത് നിലനിർത്തേണ്ടി വരുന്നു അനുഷ്ഠിക്കേണ്ടി വരുന്നു അതിൽ ക്ലേശങ്ങളുണ്ട് അത് ദുഃഖത്തെ ഉണ്ടാക്കുന്നു അതെല്ലാം ധർമ്മങ്ങളുടെ സ്വഭാവമാണ് ഇവിടെ പറയുന്നത് എന്താണ് അതിഭരണാശ്രമേ ഇവിടെ എന്തെങ്കിലും ഒന്ന് അനുഷ്ഠിക്കുകയോ എന്തെങ്കിലുമൊന്ന് ഉപേക്ഷിക്കുകയോ എന്നുള്ളതല്ല മുഖ്യമായിട്ടും ആ അഭിമാനത്യാഗം അഭിമാനത്യാഗത്തെയാണ് ഇവിടെ മുഖ്യമായി പറയുന്നതാണ് പ്രതിപന്ന പരമഹംസ പരി അത് എങ്ങനെ ഈ തുല്യ സ്ഥിതി കൊണ്ടേ സാധ്യമാവും ആത്മനിഷ്ഠ കൊണ്ട് മാത്രമേ സാധ്യമാകൂ മറ്റ് ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നതിനാ ധർമ്മനിഷ്ഠമാണ് ധർമ്മത്തിലുള്ള നിഷ്ഠമാണ് ഒരു വ്രതത്തെ സ്വീകരിക്കുക ജീവിതത്തിൽ ഒരു നിശ്ചയത്തെ സ്വീകരിക്കുക പിന്നീട് അതിനെ പുലർത്തുക അതാണ് ആശ്രമധർമ്മങ്ങളെന്ന് പറയുന്നത് വർണ്ണധർമ്മവും അത് വർണ്ണധർമ്മങ്ങൾ ഇന്നില്ല പക്ഷെ ഉണ്ടായിരുന്ന കാലത്ത് അതങ്ങനെയായിരുന്നു ആശ്രമധർമ്മങ്ങൾ ഇന്ന് കുറെയൊക്കെ നിലനിൽക്കുന്നുണ്ട് അവിടെയും എന്താണോ അവര് വ്രതത്തെ സ്വീകരിച്ച് അതിനെ നിലനിർത്തുക അത്രേ ഉള്ളൂ അത് ഓരോന്നിനും അതിൻ്റെതായ മഹത്വമുണ്ട് പരസ്പരം നമ്മൾ താരതമ്യം ചെയ്യാതിരുന്നു ഓരോ ആശ്രമധ്രമങ്ങൾക്കും അതാ അതിന്റെ മഹത്വമുണ്ട് നിലനിർത്തുന്നതുകൊണ്ടും അനുഷ്ഠിക്കുന്നതുകൊണ്ടും അതാ ഗുണമുണ്ട് ഓരോന്നിനും അതിന്റേതായ ശ്രേഷ്ഠതകളുണ്ട് പക്ഷേ തുല്യനിഷ്ഠയിൽ അതെല്ലാം തിരികെ പറയേണ്ടതാണ് അത് ഒന്നും നിലനിർത്തേണ്ട കാര്യങ്ങളല്ല ആത്മനിഷ്ഠയിൽ പ്രതിപന്ന പരമംസ പാരിപ്രാജ്യം അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് സ്തുതി നമസ്കാരാദി സർവകർമ്മങ്ങളുടെയും ത്യാഗം വരുന്നത് മറ്റ് ധർമ്മങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചിരിക്കുമ്പോൾ അവിടെ ആ ധർമ്മത്തിൽ നിലനിൽക്കുമ്പോൾ ഇതെല്ലാം വേണ്ടിവരുമെ ഗുരു ശിഷ്യ ബന്ധം അവിടെ എന്താണ് സ്തുതി നമസ്കാരാദികളെല്ലാം വേണം കാരണം ധർമ്മമാണ് അതെല്ലാം നമ്മൾ ധർമ്മമായി സ്വീകരിച്ചിരിക്കുന്ന ഗുരുവിന്റെ ശിഷ്യൻ ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കണം എന്നെല്ലാം തത്യതമായ ആരോപിതമായ ധർമ്മങ്ങളാണ് ആ ധർമ്മങ്ങളിൽ നിലനിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ധർമ്മങ്ങൾ അനുഷ്ഠിച്ചെത്തീരും അതൊന്നും വേണ്ടെന്ന് തന്നെ ഇവിടെ പറയുന്നു ഇവിടെ അത്യാശ്രമിയായിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അത് അത്യാശ്രമിയെന്നും നമ്മൾ ഭാവന ചെയ്തുകൊണ്ടായില്ല അത്യാശ്രമി ആശയത്തെ ഗ്രഹിച്ചതുകൊണ്ട് അത്യാവശ്യമേ ആകാൻ പറ്റത്തില്ല സ്തുതി നമസ്കാരാദികളെ മാത്രം ഉപേക്ഷിച്ചാൽ മറ്റു പലത് അപ്പോൾ സ്തുതി നമസ്കാരാദികളെ മാത്രം ഉപേക്ഷിച്ചിട്ടും കാര്യമില്ല അപ്പോ എന്താണത് കല്പിച്ചു ഒരു ഉപേക്ഷയോ ത്യാഗത്തെയോ കുറിച്ചല്ല പറയുന്നു മറിച്ച് സഹജമായി വരുന്ന ആത്മനിഷ്ഠ കൊണ്ട് സഹജമായി വരുന്ന ഭാവത്തെയാണ് പറയുന്നത് പരമഹംസ പരിഭ്രാജ്യം അവിടെ സർവേഷണകളും തിരിച്ചിരിക്കുന്നുണ്ട് അത് ആ തുരീയസ്ഥിതനായ യതിയുടെ സഹജമായ ഭാവമായിരിക്കും ഏറ്റവും പരവുമായ അവസ്ഥയെ ഇവിടെ പറയുന്നത് ഏതം വൈത്യമാത്മാനും വിജിത്വ ഇത്യാദിശ്രുഹി പറയും ആത്മാവിനെ അറിഞ്ഞിട്ട് അവൻ സർവേഷണകളിൽ നിന്നും മുക്തനായിത്തീരുന്നു എന്ന് ശ്രുതി പറഞ്ഞിരിക്കുന്നു തദ്ബുദ്ധയെ തദ്ത്മാന തൻ നിഷ്ഠ തത്പാരായണാഹ ഇത്യാദി സ്മൃതി നമ്മൾ വിശദീകരിച്ചാണ് തന്നിഷ്ഠനായിരിക്കുന്നു അവൻ എങ്ങനെയായിരിക്കുന്നു അതിനെക്കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ എന്താണ് അവൻ ബന്ധു ആതീതനായിരിക്കുന്നു വിമത്സരനായിരിക്കുന്നു എന്നെല്ലാം പറ കാരണം മറ്റെല്ലാ അനുഷ്ഠാനങ്ങളും ദ്വന്ദ്വാത്മകമാണ് ധർമ്മത്തെ എന്തുകൊണ്ട് എന്തിനു വേണ്ടി സ്വീകരിക്കുന്നു പ്രധാനമായിട്ടും അധർമ്മത്തെ ഒഴിവാക്കാൻ വേണ്ടി അത് തന്നെ ധർമാനുഷ്ഠാനത്തിൽ നിന്ന് പുണ്യം നേടുന്നു എന്നുള്ളത് വേറെ പക്ഷെ അതിനുപരിയായി എന്താണോ അധർമ്മത്തെ ഒഴിവാക്കുന്നത് അധർമ്മത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ ധർമ്മവും സ്വീകരിക്കുന്നത് പക്ഷേ ദ്വന്ദ്വാതീതനാവുമ്പോൾ എന്ത് ചെയ്യുന്നു ഇവിടെ ധർമ്മത്തിനും അധർമ്മത്തിനും ഉപയോഗിക്കുന്നു അപ്പോ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നത് ക്ലേശകരമാണ് ധർമാനുഷ്ഠാനത്തിന്റെ ഫലം പുണ്യമാണ് പക്ഷേ ധർമാനുഷ്ഠാനം ക്ലേശകരമാണ് ധർമ്മത്തെ നിലനിർത്തുന്നതിൽ ക്ലേശം അധർമ്മത്തെ ഒഴിവാക്കുന്നതിൽ ക്ലേശം ഇവിടെ ആത്മനിഷ്ഠനാണെങ്കിലോ ക്ലേശരഹിതൻ എന്തുകൊണ്ട് അയാൾ ധർമ്മധർമ്മങ്ങൾക്ക് അതീതനായിരിക്കും ദ്വന്ദ് അതീതനായിരിക്കുന്നു അവിടെ സർവേഷണങ്ങളും സ്വയം തന്നെ രചിക്കപ്പെട്ടിരിക്കുന്നു അതാണ് പ്രതിപന്ന പരമഹംസ പാരിപ്രാജ്യൻ എന്ന് പറയുന്നു നിത്യാദി അങ്ങനെയുള്ള ഒരുവൻ അവൻ ചലാചലനേതർ യാദൃശ്യകൂ ഭവേത് വിധി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം എന്താണോ പ്രയത്നം ചെയ്യുന്നവനാണ് ആത്മനിഷ്ഠയിൽ പൂർണ്ണമായ ഒരവസ്ഥയുണ്ട് ആത്മനിഷ്ഠയുടെ പരവുമായ അർത്ഥത്തിൽ എന്താണോ അതിൽ അവ്യവസ്ഥിതി അങ്ങനെയൊന്നുമില്ല എന്ന് പറയും അടുത്ത് പറയും അടുത്ത കാര്യവ്യാഖ്യാനിക്കുന്നത് പറയും പക്ഷേ ഒരാൾ ആത്മനിഷ്ഠ ശീലികൾ അയാളുടെ ഏഷ്യനുകളെയൊക്കെ ഏറെക്കുറെ ത്യിച്ചിരിക്കുന്നു അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ ത്യജിക്കാൻ ശ്രമിക്കുന്നു ധർമ്മത്തെ സ്വീകരിച്ച ധർമ്മങ്ങളെയെല്ലാം അയാൾ ത്യജിക്കുന്നു പക്ഷെ താൻ സ്വീകരിക്കാതെ തന്റെ പ്രാരബ്ധ കൊണ്ട് കടന്നു വരുന്ന ധർമ്മോ അധർമ്മവും സ്വീകരിച്ചത് ത്യജിക്കാൻ എളുപ്പമാണ് അതാണ് സന്യാസം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ ബാഹ്യമായി സ്വീകരിക്കുന്ന സന്യാസം എന്ന് പറയുന്നത് എന്താണ് സ്വീകരിച്ചതിനേക്കത്തിരിക്കുന്ന വ്രതങ്ങളെ സ്വീകരിച്ച് വേദാധ്യയനം നിത്യകർമാനുഷ്ഠാനം ഇതെല്ലാം ഉപനയനം ചെയ്ത് ആചാര്യനും ഉപാധ്യായനുമെല്ലാം ബോധിപ്പിക്കുന്നതനുസരിച്ച് നിയമമനുസരിച്ച് സ്വീകരിച്ചാണ് ആ സ്വീകരിച്ചിരിക്കുന്ന ധർമ്മം അനുഷ്ഠിക്കുക എന്ന് പറയുന്ന അവൻ്റെ കർത്തവ്യവുമായി മാറി സ്വധർമാനുഷ്ഠാണ് അത് ബ്രഹ്മചര്യത്തിലും ഗാരഹസ്യത്തിനുമൊക്കെ ആ ധർമാനുഷ്ഠാനങ്ങൾ പല രൂപത്തിലുണ്ട് അപ്പോൾ ആ സ്വീകരിച്ചിരിക്കുന്ന ധർമ്മങ്ങളെ ത്യജിക്കാൻ വേണ്ടിയാണ് സന്യാസം അങ്ങനെ ത്യജിക്കുമ്പോൾ അതിൽ ചില നിഷ്ഠകൾ വരുന്നു ബ്രഹ്മചര്യം പോലെയുള്ള നിഷ്ഠകൾ ആ നിഷ്ഠകളെ പുലർത്തേണ്ടി വരുന്നു അപ്പോൾ അവിടെ സ്വീകരിക്കുന്നത് അധർമ്മത്തെ ഒഴിവാക്കാനും ധർമ്മത്തെ നിലനിർത്താനുമുള്ള ആചരണം ധർമാചരണം അതാണ് സന്യാസി ചരിയെന്ന് പറയുന്നത് ഇവിടെ പറയുന്ന പരമവംസ പരിപ്രാജ്യം അതല്ല ഏതെങ്കിലും ഒരു നിലനിർത്താൻ വേണ്ടിയിട്ടുണ്ട് അവിടെ എന്താണ് അതിന് നിലനിർത്തുന്നത് അവിടെ ഏഷണയാണ് എന്താണ് ധർമ്മത്തിൽ ചരിക്കണം സദാചാര നിഷ്ഠനായിരിക്കണം ഇങ്ങനെയുള്ള ഏഷണകൾ മനസ്സിലുണ്ട് അപ്പം അത് നിലനിർത്തണം അവിടെ ധർമ്മനിഷ്ഠയും ഉള്ള ആഗ്രഹമുണ്ട് അത് യേശനയാണ് അവിടെ അത്യാശ്രമിയാണ് ആശ്രമ ധർമ്മിയാണ് ധർമ്മത്തെ അനുഷ്ഠിക്കുന്നത് അതിൽ പിന്നെ വരാം പക്ഷെ ആ ധർമ്മനിഷ്ഠനായ ഒരുവിനെ സംബന്ധിടത്തോളം അവിടെയും അഭിമാനമുണ്ട് യേശനകളും ഉണ്ട് അങ്ങനെ അഭിമാനത്തോടുകൂടി വേഷണകളോടുകൂടി കാരണം അയാൾ മമുക്ഷോ മോക്ഷയിച്ചേർന്നു ഒരു ആത്മനിഷ്ഠനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ന മമുക്ഷൂർ നവേ മുക്ത പരമാർത്ഥ സ്ഥിതിയെ കുറിച്ച് പറഞ്ഞു പക്ഷെ ഇങ്ങനെ ഉള്ള അനുഷ്ഠാനങ്ങൾ തുടരുമ്പോഴും ഒരാൾ അതിന്റെ ഏറ്റവും അടിസ്ഥാനമായി അയാൾ സംഭവിക്കേണ്ടതാണ് ഈ തത്വബോധം തത്വബോധത്തിലാണ് ബാക്കിയെല്ലാം നിൽക്കേണ്ടത് ഒരാൾ സന്യാസധർമ്മത്തെ സ്വീകരിക്കുന്ന എന്തിനു വേണ്ടി ഈ തത്വബോധത്തിന് വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ അതിന് തടസ്സമാണെന്ന് കണ്ട് അതിന് ഉപേക്ഷിക്കും അഭിമാനത്തെ തെറ്റിച്ചുകൊണ്ട് ത്യജിക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്വധർമ്മത്തെ ആചരിക്കും അതിന്റെ എല്ലാം പരവമായ ലക്ഷ്യമെന്താണ് ഇവിടെ തത്വബോധമാണ് മതമനുസരിച്ചിട്ടാണ് അങ്ങനെയെല്ലാം പൂർണ്ണമായും തത്വബോധത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളിലും ആ തത്വനിഷ്ഠയപ്പോൾ സംഭവിക്കണമെന്നില്ല പറയുന്നത് ശ്രവണത്തിൽ നിന്നും ഉണ്ടാകുന്ന ബോധം അത് സദാ ഒരേ തരത്തിൽ നനയ്ക്കണമെന്നില്ല പറയും അപരോക്ഷമായ അനുഭവം അതിൽ പിന്നെ അവ്യവസ്ഥയില്ല ഇപ്പോഴാണോ അപരോക്ഷതയിൽ അയാൾ അതിന്റെ പൂർണ്ണതയിലായാലെത്തിച്ചേരുന്നത് അവിടെ പിന്നെ മറ്റൊന്നും സംഭവിക്കത്തില്ല ആത്മനിഷ്ഠയിൽ നിന്നും വ്യതിചലനം ഒരിക്കലും സംഭവിക്കത്തില്ല പക്ഷെ ശ്രവണത്തിൽ നിന്നും ഈ ബോധമുണ്ടായാൽ അവിടെ അയാൾ ആത്മനിഷ്ഠനാണ് പക്ഷെ അത് വ്യതിചലനം സംഭവിക്കാം നമുക്കറിയാം നമ്മൾ തത്വം ഗ്രഹിക്കുന്നു തത്വഗ്രഹണം കൊണ്ട് ചിത്തം പ്രസന്നമാകുന്നു ആത്മബോധം പ്രകാശിക്കുന്നു പക്ഷെ വീണ്ടും അത് നഷ്ടപ്പെടുന്നു അങ്ങനെ സംഭവിക്കാം ഇവിടെ അവ്യവസ്ഥ വരും തത്വബോധത്തിലുള്ള അവ്യവസ്ഥ അതിനാണ് ഇവിടെ പറയുന്ന ചല ചല നിഗേത അങ്ങനെ ആയാൽ തന്നെയും അതൊരു ചെറിയ കാര്യ ചലം ശരീരം പ്രദക്ഷിണം അന്യതാഭവ ചലം എന്ന് പറയുന്ന ശരീരമാണ് പ്രതിക്ഷണം അതിനന്യതാഭാവം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അച്ചലം ആത്മതത്വം മാറ്റം സംഭവിക്കാത്താണ് ചലിക്കാത്തതാണ് യഥാ കഥാചി ഭോജനാദിവ്യവഹാരനിമിത്തം ആകാശവത്ത് അച്ചലരൂപം ആത്മതത്വം ആത്മനോനിക്കേതം ആശ്രയം ആത്മസ്ഥിതി വിസ്മൃതി അഹമിതി ഒരാൾ ശ്രവണം ചെയ്തു ശ്രവണം തുടർന്നുകൊണ്ടിരിക്കുന്നു അയാളുടെ ഉള്ളിൽ ഈ ബോധം പ്രകാശിക്കുന്നു അല്ലെങ്കിൽ അത് കൂടുതൽ വ്യക്തമായി വരുന്നു തന്റെ സ്വരൂപം എന്താണെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാലും കഥാചിത് ഭോജനാദി വ്യവഹാരം മറ്റ് വ്യവഹാരങ്ങൾ നടക്കുന്നു ശരീരം നിലനിർത്തുന്നതിനും തന്റെ പ്രാരബ്ധമനുസരിച്ചുള്ള മറ്റ് കർമ്മങ്ങൾ മറ്റ് ചിന്തകൾ വാക്ക് ഇതെല്ലാം സംഭവിക്കുമ്പോൾ വാസ്തവത്തിൽ തന്റെ സ്വരൂപം എന്താണെന്ന് അയാൾ ബോധിച്ചിരിക്കുന്നു സംശയരഹിതമായി ബോധിച്ചു ബോധിച്ചാലും അത് വിസ്മരിക്കുന്നു ആ പ്രകാശം തടസ്സം കൂടാതെ പ്രകാശിക്കുന്നുണ്ടകാശത്തിൽ സൂര്യൻ സദാ ഒരേ രൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ചിലപ്പോൾ മേഘങ്ങൾ വന്നതിനെ മറയ്ക്കുന്നു ആ മറയ്ക്കുന്നതിനനുസരിച്ച് ആ പ്രകാശത്തിന് മങ്ങന് വരുന്നു അതിനിടപ്പം പൂർണ്ണമായും മറയുന്നു അപ്പോൾ പൂർണ്ണമായും അന്ധകാരം വരുന്നു വീണ്ടും ആ മറയിൽ മാറി വീണ്ടും പ്രകാശം വരുന്നു പൂർണ്ണമായ വെളിച്ചം വരുന്നു അപ്പൊ സന്ധ്യ രാത്രി നട്ടുച്ച പ്രകാശത്തിന് ഇവിടെയെല്ലാം വ്യത്യാസം വരുന്നു പക്ഷേ സൂര്യപ്രകാശത്തിൽ അതിന്റെ തന്നെയുള്ള ഒരു മാറ്റവും വരുന്നില്ല ആത്മാവ് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു തത്വബോധം അവന് പ്രകാശിക്കുന്നു പക്ഷേ ആകാശത്തിലെ മേഘങ്ങൾ വരുന്നത് പോലെ ഈ തത്ത്വബോധത്തിന് തടസ്സമുണ്ടാവും എന്താണ് തടസ്സം എന്ന് പറയുന്നത് വ്യവഹാരം തന്നെ ചിന്തയും പ്രവൃത്തികളും തന്നെ അത് വരുമ്പോ അവന്റെ ബോധം ശരീരത്തിലേക്ക് വരുന്നു അപ്പോ ശ്രവണത്തിൽ അല്ലെങ്കിൽ മനനത്തിൽ തുടരുന്ന ഒരാണ്ണം ആത്മസ്മരണയെ നിലനിർത്താൻ ശ്രമിക്കുന്നവരാണ് ആത്മസ്മരണ എന്ന് പറഞ്ഞാൽ എന്താണോ ആത്മാവിനെ സ്മരിക്കുക എന്നുള്ളതല്ല ആത്മതത്വത്തെ ശ്രമിച്ച് ആ സംസ്കാരം ആ സംസ്കാരം കൊണ്ട് ആ തത്വത്തെ സ്മരിക്കുന്നു അങ്ങനെ അത് നിലനിർത്താൻ ശ്രമിക്കുമ്പോഴും ഈ വ്യവഹാരം കൊണ്ട് അതിന് വിസ്മരണം സംഭവിക്കാം വിസ്മരണം സംഭവിക്കുന്നത് എങ്ങനെ ആത്മതത്വത്തെ ശ്രവിക്കുമ്പോൾ അവന്റെ മനസ്സിലുണ്ട് തനാത്മാവാണ് ഈ ശരീരമല്ല പക്ഷെ വ്യവഹാരത്തിലേക്ക് വരുമ്പോ ആ ശരീരബോധത്തെ ആശ്രയിച്ചിട്ടാണ് പിന്നിലുള്ള വ്യവഹാരങ്ങളെല്ലാം നടക്കുന്നത് ശരീരബോധത്തെ ആശ്രയിക്കാതെ ആ വ്യവഹാരം അസാധ്യമായി വരുന്നു കാരണം കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അതാത് വിഷയങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ മനസ്സതിനോട് താതാത്മ്യപ്പെടുന്നത് സ്വാഭാവികമാണ് അതിനോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ശരീരത്തിനോടും താതാമ്യപ്പെടും അപ്പൊ അനുകൂലവും പ്രതികൂലവുമായി വരുന്ന ഈ വ്യവഹാരങ്ങളിൽ ആത്മബോധമുള്ള ഒരുവൻ പോലും അതിനെ വിസ്മരിച്ചിട്ട് ശരീരബോധത്തിലേക്ക് വരുന്നു ഇപ്പോൾ അവൻ എന്തു ചെയ്യുന്നു ചലനികേയതനായി ശരീരത്തെ ആശ്രയിക്കുന്നു നടത്തും അച്ചലരൂപം ആത്മതത്വം ആത്മനോനികേതം അതാണ് വാസ്തവത്തിലുള്ള ആത്മാവിന്റെ നികേതം എന്നതിൽ നിന്ന് എന്താണോ അച്ചലരൂപമായ ആത്മതത്വം ഒരുവന് ആത്യന്തികമായി അവന്റെ അന്തരാത്മാവിന്റെ പ്രകാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആത്മതത്വ ആത്മനോനികേതം ആശ്രയം ആത്മസ്ഥിതി അതിന് വിസ്മരണം സംഭവിക്കത്തില്ല മറിച്ചാണെങ്കിലോ അതിന് വിസ്മരണം സംഭവിക്കാം അസാ നമ്മുടെ അനുഭവത്തിലുള്ളതാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ചിന്തിക്കുമ്പോ ആ ബോധം നിലനിൽക്കുന്നു മറിച്ച് വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ അത് മറന്നുപോകുന്നു അപ്പൊ യതി എന്ന് പറഞ്ഞാലോ പരിശ്രമിക്കുന്നവനാണ് അവന്റെ പരിശ്രമത്തിന് വേണ്ടിയിട്ടാണ് അഹമിതി മഞ്ഞിത അവൻ ഈ ശരീരത്തിൽ അവനും അഹംബോധം വരുന്നു യഥാ തഥാ ചലോ നികേതു അവനപ്പം ചലനികേതനായിത്തീരുന്നു നികേതം എന്ന് വെച്ചാശ്രയം ഈ ശരീരത്തെ ആശ്രയിക്കുന്നു ശരീരത്തിൽ ആ ശരീരത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു പ്രായോഗികമായ സർവേ അനുഭവത്തെക്കുറിച്ച് പറയും മറിച്ചാണെങ്കിലോ അവൻ ആത്മനിഷ്ഠനായിരിക്കുകയാണെങ്കിലോ തന്റെ മനസ്സുകൊണ്ട് തന്റെ ബോധം കൊണ്ട് താൻ ആ പരമാത്മ സ്വരൂപം തന്നെ ഈ ശരീരമെല്ലാം ഉറപ്പിക്കുകയാണെങ്കിലോ അവൻ അച്ചലനികേതനായി ഈ രണ്ടു ഭാവത്തിലും യതി മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ ലോകമാചരേ ജഡത ലോകമാചരുക ഇതിന്റെ ലോകാചരണം എന്ന് പറയുമ്പോൾ ഈ രണ്ട് തരത്തിലാണ് ഒന്ന് സ്വയം വിസ്മരിച്ച് ഈ ശരീരത്തിനോട് താതാത്മ്യപ്പെട്ട് അതിനോടനുബന്ധിച്ചു വരുന്ന വ്യവഹാരങ്ങൾ അതൊന്ന് സംഭവിക്കും മറ്റൊന്ന് അതിൽ നിന്നെല്ലാം മാറ്റി താൻ ആത്മസ്വരൂപമാണെന്നുള്ള ബോധത്തിൽ അത് അച്ചലനിഷ്ഠനായി അല്ലെങ്കിൽ ചലനിഷ്ഠനായി അങ്ങനെയാണ് എതിയുടെ ലോകാചരണം ലോകമെന്ന് പറഞ്ഞാൽ ശരീരമൊന്നും നടത്തണം ലോകാചരണം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിനെ ആശ്രയിച്ചുള്ള ആചരണം പ്രവർത്തി എന്നു ഇരിക്കുന്നിടത്തോളം കാലം എല്ലാ പ്രവർത്തികളും ശരീരത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത് ശരീരത്തിനോട് ബന്ധപ്പെടുന്നുകൊണ്ടാണ് പിന്നെ ബാഹ്യ ലോകം വരുന്നത് ലോകമെന്നുള്ളതിന്റെ മുഖ്യമായ അർത്ഥം ശരീരം എന്നുള്ളതാണ് അപ്പോൾ ആ ശരീരത്തെ ആശ്രയിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്നു അതാണ് ചലാചല നികേത വിദ്വാൻ അങ്ങനെയിരിക്കുന്നു എന്ന പിന്നർ ബാഹ്യവിഷയ ആശ്രയ അങ്ങനെയാണെങ്കിലും ഇവിടെ പറയുന്നു ഒരു വിദ്വാൻ ഒരു യതി ഇവിടെ പറയുന്ന പരമഹംസൻ ഈ രണ്ടു തരത്തിലാണ് ചിലപ്പോൾ തന്റെ തനിക്ക് ദേഹബോധം വന്ന് ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏർപ്പെടും അല്ലെങ്കിൽ ആത്മബോധത്തിൽ ഉണർന്നിരിക്കും ഇത് രണ്ടായാലും ശരി എന്ന പുനർബാഹ്യ വിഷയാശ്രയ അവൻ ബാഹ്യ വിഷയാശ്രയം ഒരു ലൗകികനുമായിട്ടുള്ള വ്യത്യാസം ആത്മബോധമില്ലാത്തവനുമായിട്ടുള്ള വ്യത്യാസം അതാണ് ആത്മബോധമില്ലാത്തവൻ എന്ത് ചെയ്യുന്നു അവൻ ആത്മാവിനെ വിസ്മരിക്കുന്നു ശരീരാഭിമാനം വരുന്നു ശരീരാഭിമാനത്തോടുകൂടി അവൻ പൂർണ്ണമായും ബാഹ്യ വിഷയങ്ങളെ ആശ്രയിച്ചുള്ള പ്രവൃത്തിയിലാണ് ഒരു രീതിയെ സംബന്ധിച്ച് അങ്ങനെ ബാഹ്യവിഷയങ്ങളെ ആശ്രിച്ചുള്ള പ്രവൃത്തി വരുന്നില്ല അവന് പരമാവധി ശരീരബോധം വന്നവൻ പ്രവർത്തിച്ചാൽ കൂടിയും അവൻ പൂർണമായും ആത്മതത്വത്തെ ആത്മതത്വത്തെ പ്രവൃത്തികൾ അവനും സംഭവിക്കുന്നില്ല ആത്മാവിനെ ആശ്രയിച്ചുള്ള പ്രവൃത്തികൾ ഇത് സംഭവിച്ചു പോകുന്നതാണ് ശരീരബോധം വരുമ്പോൾ ശരീരത്തെ ആശ്രയിച്ചു വരുന്ന പ്രവൃത്തി അത് സംഭവിക്കുന്നുണ്ടെങ്കിലും ഒരാജ്ഞനെപ്പോലെ ബാഹ്യ വിഷയങ്ങളിൽ മുഴുകി ഉള്ള പ്രവർത്തനങ്ങൾ അത് സംഭവിക്കുന്നില്ല എന്നുവച്ചാ സച്ചാ യാദൃച്ഛികനായിത്തീരുന്നു യാദൃച്ഛികം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ആഗ്രഹിക്കുക പ്രവർത്തിക്കുക നേടുക എന്താണ് സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആഗ്രഹിക്കുന്നു പ്രവർത്തിക്കുന്നു അത് ചിലപ്പോൾ നേടുന്നു ചിലപ്പോൾ പക്ഷെ എന്തായാലും ഒരു ശരി നഷ്ടത്തിലായാലും അതിന് മുമ്പിൽ പ്രവൃത്തി അതിന് മുമ്പിൽ ആഗ്രഹം അതിന്റെ മുമ്പിൽ അറിവ് ഇതെല്ലാം ഉണ്ടായിരിക്കും ഭൗതികമായ ലൗകികമായ വിഷയങ്ങളിൽ ആത്മനിഷ്ഠൻ എന്താണ് സർവവും യാദൃച്ഛികമാണ് സംഭവിക്കുന്ന യാദൃച്ഛികത എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്ന അർത്ഥത്തിൽ നമ്മളോട് യാദൃച്ഛികനായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന എന്താണോ യാദൃച്ഛികമായി വന്നാൽ എന്തോ യാദൃച്ഛികമായി എന്താണോ ലഭിക്കുന്നത് അത് അതിൽ സംതൃപ്തനാകുകയാണോ അതെന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നു നമ്മളിവിടെ യാദൃച്ഛികനാകാൻ ആവശ്യപ്പെട്ടുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ യാദൃശ്ചികതയെ അർത്ഥിക്കും ആ യാദൃച്ഛികതയെ നമ്മൾ പ്രതീക്ഷിക്കും യാദൃച്ഛികമായി എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കും ആ പ്രതീക്ഷ കൂടാതെ നമുക്ക് യാദർച്ഛനാകാൻ പറ്റത്തില്ല പ്രതീക്ഷ വന്നോ അവിടെ ഏഷ്യനായി അതുകൊണ്ട് ആൾക്കാർ വെറുതെ പറയുണ്ടോ ആ എന്താണോ ഈശ്വരന്റെ ഇച്ഛ അത് സംഭവിക്കട്ടെ എന്താണോ എന്റെ എന്നൊക്കെ പറയും മതപ്രഭാഷണം കേട്ടിട്ട് പറയുന്നതാണ് അതെല്ലാം വരും തട്ടിപ്പാണ് എന്തുകൊണ്ട് അവിടെ എല്ലാം തന്റെ പ്രതീക്ഷകളുണ്ട് താനത് പ്രതീക്ഷിക്കുന്നു ഏഷ്യൻ അവിടെയും നിലനിൽക്കുന്നുണ്ട് കാസരം പറയുന്നത് എന്താണ് അത്ര ഏഷണകൾ ഇങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നതല്ല യാദൃച്ഛികത യാദൃച്ഛികതയിൽ എന്താണോ അവിടെ ആ യാദൃച്ഛികതയും ആഗ്രഹിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോട്ടെ പ്രാരധം അനുസരിച്ച് സംഭവിച്ചോട്ടെ അല്ലെങ്കിൽ ഈശ്വര ഇച്ഛയനുസരിച്ച് സംഭവിച്ചോട്ടെ എന്ന ഒരാഗ്രഹം അത് അതാണ് യതിയുടെ യാദർശികത എന്ന് പറയുന്നത് എന്നാലും ഇവിടെ പറയുന്ന വ്യക്ത സർവഭാഹ്യ ഏഷണം എന്ന് പറയുന്ന ഒരു സർവേഷണകളെയും സ്ഥിക്കുക എന്ന് പറയുന്നത് പറയുന്ന രീതി അതൊക്കെ വെറുതെയാണ് അതൊക്കെ കേവലം ആധ്യാത്മിക പ്രസംഗങ്ങളാണ് ഒന്നും അർത്ഥമുള്ള വാക്കുകള അരിലെ വരുത്തുള്ളൂ ആത്മനിഷ്ഠന് മാത്രമേ അതിനൊക്കെ അർത്ഥം വരുത്തും ആത്മനിഷ്ഠനായി ഒരു പറയുകയാണെന്താണ് ഈശ്വരേച്ഛ അനുസരിച്ചാണ് അല്ലെങ്കിൽ പ്രാരബ്ധനുസരിച്ചാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥമുണ്ട് അത് സാർത്ഥകമാണ് അല്ലെങ്കിൽ അതൊക്കെ കേവലം ജൽപ്പനങ്ങളാണ് വെറും ആഗ്രഹങ്ങളാണ് ഞാനത് ആഗ്രഹിക്കുന്നു എന്താണ് എന്തുകൊണ്ടങ്ങനെ ആഗ്രഹിക്കുന്നു എനിക്ക് പ്രവർത്തിക്കാൻ വയ്യ പ്രവർത്തിക്കാൻ വയ്യാത്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാരബ്ധം കൊണ്ട് സംഭവിച്ചോട്ടെ എന്ന് അത് അലസതയാണ് എന്തുകൊണ്ടവിടെ എന്റെ ആഗ്രഹം പ്രബലമായി നിൽക്കുകയാണ് എന്റെ ആഗ്രഹം ആഗ്രഹത്തെ ഞാൻ സംരക്ഷിച്ചുകൊണ്ട് അതിനെ പ്രബലമായി നിർത്തിക്കൊണ്ട് ആഗ്രഹമൊന്നുമില്ല എന്ന് ഭാവിക്കുകയാണ് എന്റെ അലസത കൊണ്ട് പറയണെന്നാണ് പ്രാരബം കൊണ്ട് സംഭവിച്ചോട്ടെ എന്ന് അപ്പൊ അതൊന്നുമല്ല ഇവിടെ പറയുന്ന അതെന്താ രക്ത സർവബാഹ്യ ഏഷണ അവിടെ ഏഷണകളെ ഇല്ല ഒന്നിനെ സംബന്ധിച്ച് പിന്നെന്താണ് തന്റെ ശരീരത്തെ സംബന്ധിച്ച് ഈ ശരീരവും പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഈ ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ശരീരത്തിനും ബാഹ്യപ്രകൃതിയുമായിട്ടൊരു ബന്ധമുണ്ട് ആ ബന്ധം എന്ന് പറയുന്നത് എന്താണ് ഈ ജീവന്റെ സൃഷ്ടിയെന്താ അത് ആണ് സൃഷ്ടി ഈശ്വരന്റെ സൃഷ്ടി ആ ഈശ്വരന്റെ സൃഷ്ടിക്ക് വിധേയമായി ഇവിടെ സർവ്വവും സംഭവിക്കും അതുകൊണ്ട് താൻ പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും ലാഭമോ താൻ പ്രവർത്തിക്കാത്തത് എന്തെങ്കിലും നഷ്ടമോ ഇവിടെ സംഭവിക്കുന്നില്ല അജ്ഞനെ സംബന്ധിച്ച് അങ്ങനെയല്ല അവൻ ചിലപ്പോൾ പ്രവർത്തിച്ചാൽ അതുകൊണ്ട് ലാഭം വരും നഷ്ടം വരും പ്രവർത്തിക്കാതിരുന്നാലും ലാഭനഷ്ടങ്ങളുണ്ടാകാം അത് അവന്റെ പ്രവൃത്തിയെ അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കുന്നതിനെ ആശ്രയിച്ചാണ് ആ ലാഭനഷ്ടങ്ങളുണ്ടാകുന്നത് അതുകൊണ്ട് അജ്ഞനോട് പറയുന്നത് എന്താണോ നീ പ്രവർത്തിക്കുക നിസ്വാർത്ഥമായി പ്രവർത്തിക്കുക ലോകസംഗ്രഹ പ്രവൃത്തിയിൽ ഏർപ്പെടുക ലോക നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുക എന്നെല്ലാം പറയുന്നത് അതുകൊണ്ടാണ് എന്തുകൊണ്ട് അവനൊരുവേഷണകൾ നിലനിൽക്കുന്നു ആ യേഷണകൾക്കനുസരിച്ച് അവന് പ്രവർത്തിച്ചേ പറ്റും അതിൽ ലാഭനഷ്ടങ്ങൾ ഉണ്ടാകും അവന് ആത്യന്തികമായി ലാഭനഷ്ടങ്ങളൊന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മ ശുദ്ധിക്കു വേണ്ടി പ്രവർത്തിക്കുക ഇതെല്ലാം ആജ്ഞനുവേണ്ടിയുള്ള ഉപദേശങ്ങളാണ് അത് വേണ്ടതാണ് പക്ഷെ അവിടെയൊന്നും ഈ യാദൃശ്ചികത സംഭവിക്കത്തില്ല യധിയുടെ യാദൃശ്ചികത എന്താണ് അത് ഈ പ്രപഞ്ച നിയമത്തിന് എന്നുവെച്ചാൽ ഈശ്വരന്റെ നിയമം നേരത്തെ പറഞ്ഞല്ലോ സൃഷ്ടി അന്തര്യാമിയുടേതാണ് സ്ഥിതി സംഹാരങ്ങളെല്ലാം അന്തര്യാമിയുടെ ചിത്തസ്പന്ദനങ്ങളാണ് നിങ്ങളെ അന്തര്യാമിയുടെ സങ്കല്പമാണ് നിങ്ങൾ അന്തര്യാമിയുടെ മായാശക്തിയാണ് എന്നെല്ലാം പറയാം അതിനനുസരിച്ച് ഇവിടെ കർമ്മങ്ങളെല്ലാം നടന്നോളും അതനുസരിച്ചാണ് വാസ്തവത്തിൽ സർവകർമ്മങ്ങളും നടക്കുന്നത് അതനുസരിച്ചാണ് ഈശ്വരീയ നിയമം അനുസരിച്ചാണ് സർവവും നടക്കുന്നതെന്ന് ബോധ്യം വരാത്ത ആണ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് പക്ഷെ ആ ഈശ്വരീയ അതിന്റെ മഹത്വം മനസ്സിലാക്കിയിരിക്കുന്ന ആത്മനിഷ്ഠൻ അവൻ ഒരു സഹജമായ ഒരു ഭാവമാണ് യാദർശികത അല്ലാതെ അതിലുള്ള ഒരാഗ്രഹമല്ല നമ്മൾ കരുതുന്നത് പോലെ ചെയ്യുന്നു പ്രാരബമെന്നോ എന്നെല്ലാം നമ്മൾ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന പോലെയല്ല അവിടെ ഏഷനേ ഇല്ല അവിടെ കർമ്മങ്ങൾ ഈശ്വരീയ നിയമം അനുസരിച്ച് സഹജമായി പ്രവർത്തിക്കുന്നു കാര്യകാരണ ഫലസഹിതമായി അത് പ്രവർത്തിക്കുന്നു അതിന് തന്റെ അഹന്തയ്ക്ക് തന്റെ കർതൃത്വബോധത്തിന് യാതൊരു സ്ഥാനവും തന്റെ അഹന്തയും കർതൃത്വബോധവും അവിടെ നശിച്ചിരിക്കുന്നു എന്നാലും ശരീരം നിലനിൽക്കുന്നു പ്രപഞ്ചവുമായിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങളെല്ലാം ശരീരത്തിൽ നടക്കുന്നു മനസ്സിലും കർണങ്ങളിലും ഇന്ദ്രിയങ്ങളിലും എല്ലാം അത് നടക്കുന്നു അത് പ്രവർത്തിക്കുന്നു പ്രതിപ്രവർത്തനം നടക്കുന്നു ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നു അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേ അത് എങ്ങനെയുള്ള പ്രവർത്തനമാകാം ഇവിടെ പറയുന്നു യതിയെ സംബന്ധിച്ച് പറയുക കാരണം നേരത്തെ പറഞ്ഞല്ലോ യതി ഭാഷശേഷണങ്ങളെയെല്ലാം തിരിച്ച് ആത്മനിഷ്ഠയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവനാണ് അവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എതിർച്ഛാപ്രാപ്തമായി തീരുന്ന ശരീരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള വസ്തുക്കളെ ഇവിടെ പറയുന്നത് കൌപീനാഛാദനാദികൾ വസ്ത്രങ്ങൾ ഗ്രാസമാത്ര ദേഹസ്ഥിതി ഭക്ഷണം ഭക്ഷണത്തിന്റെ അവശ്യം വേണ്ടതായ അളവിനെയാണ് ഗ്രാസം എന്ന് പറയുന്നത് ഉരുള എന്ന് പറയുന്നു അതുകൊണ്ടുവരുന്ന ദേഹസ്ഥിതി അതെങ്ങനെയാണോ ഇവർ സംഭവിക്കേണ്ടത് അതെല്ലാം സഹജമായ രീതി സംഭവിക്കുന്നു എന്നർത്ഥം അവിടെ അത്തരം കാര്യങ്ങളെ കൂടി യതി ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം യതിയുടെ ചര്യെക്കുറിച്ചൂടെ പറയുകയാണ് വിത അതിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ മനുഷ്യ വിതയിലും മറ്റും പറയുന്നുണ്ട് ഞാൻ ഈ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നുണ്ടെങ്കിലും ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഇതാണ് അഹംബോധത്തോടുകൂടിയുള്ള പ്രവൃത്തി അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഏതു തരത്തിലുള്ള കർമ്മങ്ങളും സംഭവിക്കാം ഈശ്വരീയമായ കർമ്മങ്ങൾ എന്തും അവിടെ ആത്മനിഷ്ഠനൻ സംഭവിക്കാം ആത്മബോധത്തിൽ സംഭവിക്കുക കർമ്മം വലുതോ ചെറുതോ എന്നുള്ളത് കാര്യം അത് മഹത്തായ കർമ്മങ്ങളായിരിക്കാം അല്പമായ കർമ്മങ്ങളായിരിക്കാം വലിയ കർമ്മമാകാം ചെറിയ കർമ്മമാകാം യതി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക നിഷ്ഠയില് ജീവിക്കുന്ന ആളാണ് അയാളെന്താണ് ഈ പാരിഭ്രാജ്യം പരമഹംസ പാരിഭ്രാജ്യത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് അവിടെ പറയുന്നത് അവൻ ചില ചില നികേതനാണ് അയാളുടെ ജീവിത നിഷ്ഠയുടെ ഭാഗമായി അയാൾ ശരീരധർമ്മങ്ങൾ മാത്രം നിർവഹിച്ച് മറ്റ് കർമ്മങ്ങളെല്ലാം ഒഴിവാക്കി അങ്ങനെ ജീവിക്കുന്ന രീതിയെക്കുറിച്ചുകൂടെ പറയുക അയാൾ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പോലും യാദൃച്ഛികനായിരിക്കുന്നു എന്നുള്ളത് അല്ല ഇനി രോഗസംഗ്രഹാർത്ഥമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിലും അവിടെയും യാദൃച്ഛികം തന്നെ അവിടെ സംഭവിക്കുന്ന കർമ്മങ്ങളൊന്നും തന്നെ തന്റെ ഇച്ഛ കൊണ്ട് സംഭവിച്ചതല്ല ഈശ്വരീയ നിയമം അനുസരിച്ച് സംഭവിക്കുന്നതാണ് അങ്ങനെയുള്ളവരും മഹാത്മാവിൽ ഇച്ഛ സംഭവിക്കത്തില്ലേ ഇച്ഛ സംഭവിക്കാം അത് അഹന്തയിൽ പ്രേരിതമായ ഇച്ഛയല്ല ഈശ്വരീയ നിയമം അനുസരിച്ചുള്ള ജ്ഞാനം ഇച്ഛ പ്രവൃത്തി അതെല്ലാം സംഭവിക്കാം ഇവിടെ ഇച്ഛയില്ല എന്ന് അഹന്ത കൊണ്ടുവരുന്ന ഇച്ഛ ഞാനെന്നുള്ള ഭാവത്തിൽ നിന്ന് തുടർന്ന് വരുന്ന കാര്യങ്ങൾ അതിനാണ് ഇവിടെ നിഷേധിക്കുന്നത് പ്രപഞ്ച സൃഷ്ടി എന്താണ് പറയുന്നത് ഈശ്വര ഇച്ഛ ഉണ്ടെന്നാണ് ഈശ്വരൻ സങ്കല്പിച്ചു ഈശ്വരൻ ഇച്ഛിച്ചു അങ്ങനെ സൃഷ്ടിയുണ്ടായെന്നാണ് ശ്രുതി തന്നെ പറയുന്നത് ഈശ്വരീയമായ സങ്കല്പങ്ങൾ ഈശ്വരീയമായ കർമ്മങ്ങൾ ഈശ്വരീയമായ ഇച്ഛ അതിനെ പറയുന്നത് അപ്പോൾ ഒരു ആത്മനിഷ്ഠനിൽ സംഭവിക്കും സംഭവിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ആ യാദർച്ഛികതയിൽ ഇതെല്ലാം അന്തർഭവിച്ചിരിക്കുന്നു പക്ഷേ അതെല്ലാം ഈശ്വരീനം ഒന്നും ജീവൻറേതായിട്ടുള്ള ഒന്നുമല്ല ജീവന്റെ ഭാവങ്ങളൊന്നുമല്ല അതിനർശികത എന്ന് പറയുന്നു എന്ത് ചെയ്യുന്നു ആ ഈശ്വര തത്വത്തോട് ഏകീഭവിച്ചിരിക്കുമ്പോൾ ആ വ്യക്തി എന്തു ചെയ്യുന്നു ആ ഈശ്വരീയമായ സർവത്തിനോട് എങ്കിൽ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഈശ്വരീയമായ നിയമങ്ങളോട് എങ്കിൽപിച്ചിരിക്കുന്നു ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഈശ്വരീയമായ ജ്ഞാന ഇച്ഛാ കൃതികളോടെ അതുകൊണ്ട് അത് അതിന ഇവിടെ പറയുന്നു ഇവിടെ പറയുന്നതൊരു ഗതി ആത്മനിഷ്ഠയിലും ശരീരബോധത്തിനും വർദ്ധിക്കുന്ന ഒരു ഗതി അയാൾ പരമഹംസ പരിഭ്രാജ്യം അതിന്റെ പൂർണതയിലെത്താൻ ആഗ്രഹിക്കുന്ന ഒരുവൻ അവന്റെ ജീവിതാനിഷ്ഠ എങ്ങനെയായിരിക്കും അവൻ യാദൃച്ഛികനായിരിക്കും അവനായിട്ടൊന്നും ഇച്ഛിക്കുന്നില്ല ഈശ്വര നിയമം അനുസരിച്ച് സംഭവിച്ചുകൊള്ളും പക്ഷെ അങ്ങനെ സംഭവിച്ചുകൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നുവരും ഈ ആത്മനിഷ്ഠയില്ലാതെ ഒരാളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് കേവലൊരു പ്രതീക്ഷ മാത്രമായി തീരും അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം ആ വസ്തുതയെ ആ പരമാർത്ഥ സ്ഥിതിയെ ഇവിടെ വിശദീകരിക്കുമ്പോൾ യാദർച്ഛിക്കതെന്ന് പറയുന്ന ഒരു ഇച്ഛര് സ്ഥിതിയാണ് ആത്മനിഷ്ഠയാണ് ഇവിടെ പറയുന്നത് ഒരു തരത്തിലുള്ള ഇച്ഛകള് അതിനെ നമ്മൾ വെറുതെ അനുകരിച്ച് പറയുകയാണെങ്കിൽ അത് ഒരാഗ്രഹം മാത്രമായി അതും ഒരാഗ്രഹം മറ്റാഗ്രഹങ്ങളെ പോലും ഈശ്വര ഈ സംഭവിക്കട്ടെ എന്നുള്ള ആഗ്രഹം അതെണ്ട അത് എന്റെ ആസൂക്ഷ്മമായ വ്യത്യാസം മനസ്സിലാക്കിയാൽ പിന്നെ നമ്മളങ്ങനെ പറയാൻ ധൈര്യപ്പെടുത്തില്ല എന്താണ് എല്ലാ ഈശ്വര പോലെ സംഭവിക്കട്ടെ പ്രാരംഭമനുസരിച്ച് സംഭവിക്കട്ടെ എന്ന് പറയാനൊരാള് ധൈര്യപ്പെടുത്തില്ല പറഞ്ഞാലത് അബദ്ധമായി മറിച്ച് താൻ ചെയ്യാനുള്ള പ്രവൃത്തികൾ തന്റെ അറിവും ബോധവും അനുസരിച്ച് ചെയ്യുന്നതാണ് ശ്രേഷ്ഠവും ർ നമസ്കാരോ നിസ്സുദ്ധാ ചകേതാദൃച്ഛോഭ്യകൃ തൃഷ്ട്രഹ്യത ധ്യാത്മികദിരക്ഷണംാദിപ സ്വപ്നമായ അസത് ആത്മനിഷ്ഠണ്ട നിലയെക്കുറിച്ച് പറയും ആ ആത്മനിഷ്ഠയിൽ ഒരു അവ്യവസ്ഥതി സംഭവിക്കാത്ത മനസ്സിലും അനവ്യവസ്ഥതി എന്ന് പറയുന്നത് എന്താണെന്ന് മുമ്പ് പറഞ്ഞു എതി ചിലപ്പോൾ ചലനികേതനായിരിക്കുന്നു ചിലപ്പോൾ അചലനികേതനായിരിക്കുന്നു ചിലപ്പോൾ ആത്മബോധത്തിലേക്ക് വരുന്നു ചിലപ്പോൾ ശരീരബോധത്തിലേക്ക് വരുന്നു ഇതൊന്നും സാധാരണ ആൾക്കാരെ കുറിച്ച് പറയുന്നത് അജ്ഞന്മാരെ കുറിച്ച് പറയുന്നത് ഒരിപ്പോഴും ശരീരബോധത്തിലാണ് ഒരു പരിശ്രമശാലിയ എതിയെക്കുറിച്ച് പറയണം അവിടെ ഇതൊക്കെ സംഭവിക്കാം പക്ഷേ അവൻ പരമഹംസ പാരിപ്രാജ്യം എന്ന് പറയുന്ന സ്ഥിതി എത്തിയാലോ അതിനെക്കുറിച്ച് പറയുന്നു ബാഹ്യം പൃഥി തത്വം തത്വം ബാഹ്യം എന്ന് പറഞ്ഞു ബാഹ്യമായ തത്വങ്ങൾ ഈ കാണുന്ന ലോകം തന്നെ ബാഹ്യതത്വം പൃഥി എന്ന് പറയുന്നത് കണ്ണും ചെവിയും എല്ലാം കൊണ്ട് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്ന ഈ ബാഹ്യമായി കാണുന്നത് ബാഹ്യതത്വം ആധ്യാത്മിക ദേഹാദി ലക്ഷണം ആധ്യാത്മിക തത്വം എന്ന് പറയുന്നതും ഈ ദേഹാദികൾ ശരീരവും ഇന്ദ്രിയവും മനസ്സ് തന്നിൽ അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ തന്റെ ഉള്ളിൽ അനുഭവപ്പെടുന്നത് ബാഹ്യം എന്ന് തനിക്ക് പുറത്തുനിന്ന് അനുഭവപ്പെടുന്നത് ഇത് രണ്ടും രജ്ജു സർപ്പാദിപ്നമായ ദിവസം ആത്മനിഷ്ഠന്റെ അനുഭവം എന്താണ് ാണ് ഇത് ഇന്ദ്രകാലം പോലെയാണ് പരമാർത്ഥമല്ല ബാഹ്യവും ആന്തരിയവുമായി അനുഭവപ്പെടുന്നതല്ല വാചാരംഭണം വികാരവും നാമധ്യേയും ഇത്യാദി ശ്രദ്ധേ ശ്രദ്ധീനാഥെന്ന് പറയുന്നു ഇത് ശബ്ദം കൊണ്ട് വെളിപ്പെടുന്നത് മാത്രമാണ് നമ്മൾ കരുതുന്ന തരത്തിലുള്ള അർത്ഥം അവിടെ ഇല്ല ആത്മവ്യതിരിക്തമായി ർത്ഥമില്ല ഇതിന്റെ അർത്ഥം ആത്മാവ് തന്നെ ഇതിന്റെ അർത്ഥം ആത്മാവായി തന്നെ ബോധിച്ചാൽ ഇതെല്ലാം സത്യം ആത്മവ്യതിരിക്തമായി എന്തെങ്കിലുമാണെന്ന് തോന്നിയാൽ ഇതെല്ലാം അസത്യം ഇത്രേയുള്ളൂ ആത്യന്തികമായി ഇതൊക്കെ സത്യമാണോ അസത്യമാണോ അങ്ങനെ ഒരു പക്ഷപാതം ഇവിടെയില്ല അദ്വൈതത്തിൽ നമ്മൾ കാരണം പറയാറുണ്ടെന്നാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയാറുണ്ട് അതതിന്റെ ഒരു ഭാഗം മാത്രമേ ആർക്കാണോ ജഗത്ത് സത്യമെന്ന് തോന്നുന്നത് അവരെ ബോധിപ്പിക്കുകയാണ് എന്താ ജഗത് മിഥ്യ അവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത് ജഗത്ത് സത്യം എന്ന് കരുതുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ജഗത് മിഥ്യ എന്ന് പറയുന്നത് സർവവും സത്യമാണെന്ന് കരുതിയാലോ ഇവിടെ മിഥ്യ എന്ന് പറയുന്ന മറ്റൊന്നുമില്ല ഏതെങ്കിലുമൊന്നും മിഥ്യയായിട്ട് ഉയർത്ത് നിൽക്കുന്നില്ല അതാണ് അടുത്ത് പറയുന്ന ആത്മാജസബാഹ്യാഭ്യന്തരൂ ഹ്യ അപൂർവവും അനന്തരോ അബാഹ്യ കൃഷ്ണ ആകാശവ് സർവകഥ ആകാശവ് സർവകഥനാണ് സർവസ്വരൂപമായിരിക്കുന്നവനാണ് ആത്മാവ് അതുതന്നെയാണ് ബാഹ്യവും ആഭ്യന്തരവും മറിച്ചാണെങ്കിൽ ബാഹ്യം ആഭ്യന്തരം വരെ ഉണ്ട് അതാണ് തത്വം ബാഹ്യം തത്വം ആധ്യാത്മികവും കുറയും ബാഹ്യമായി മറ്റൊന്നിനെ കാണുന്നുണ്ടെങ്കിൽ അതാ സത്യം ആത്മാവാണെങ്കിലോ സബാഹ്യാഭ്യന്തരം അവൻ ബാഹ്യാഭ്യന്തര രൂപത്തിലിരിക്കുകയാണ് കാര്യകാരന്റെ രൂപത്തിലിരിക്കുകയാണ് അജനാണ് ആത്മാവചനായിരിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ജനിച്ചിട്ടില്ല ഒന്ന് ജനിച്ചുകഴിഞ്ഞാൽ പിന്നെ അത് സത്യമാണോ അസത്യമാണോ എന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട് ആത്മാവ് മാത്രമേ ഉള്ളൂ അപൂർവോ അനന്തരം അബാഹ്യഹ കൃഷ്ണ ആകാശവോ സർവകഥ ഇതെല്ലാം നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ് സൂക്ഷ്മ അചല നിർഗുണ നിഷ്കള നിഷ്ക്രിയ തത്സത്യം അതായത് ആത്മാവിനെ ആത്മാവല്ല എന്ന് ഏതെല്ലാം തരത്തിൽ നമ്മൾ ധരിച്ചിരിക്കുന്നോ അതിനെല്ലാം നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശബ്ദങ്ങൾ പറയുന്നത് എങ്ങനെയെല്ലാം നിഷേധിച്ചാൽ അതിന്റെ യഥാർത്ഥ രൂപം നമുക്ക് പിടി കിട്ടും അതിനുവേണ്ടി പറയുന്ന നിർമലൻ നിഷ്കളൻ നിഷ്ക്രിയൻ സത്യം സാത്മാ തത്വമസില്ലാം ശ്രുതി പറയുന്നുണ്ട് പരിപൂർണ സത്യം അതിനെക്കുറിച്ചാണ് ശ്രുതി പറയുന്നത് അതിന് പറയുന്ന പൂർണ്ണമത പൂർണ്ണമിതം എന്ന് പറയുമ്പോൾ അവിടെ പൂർണ്ണമല്ലാതെ മറ്റൊന്നുമില്ല സത്യമല്ലാതെ മറ്റൊന്നുമില്ല സത്യമാണ് ഇന്നത് മിഥ്യയാണെന്നൊക്കെ വേറിതിരിക്കുന്നത് ആ തത്വചിന്തയുടെ ഒരു താഴ്ന്നപടിയിലാണ് അതെപ്പോഴും നമ്മുടെ മനസ്സി നിത്യവും തത്വം ദൃഷ്ട ഇത്തരത്തിൽ തത്വത്തെ സാക്ഷാത്കരിച്ചിട്ട് ഇത് പരമായ അവസ്ഥയെക്കുറിച്ച് പറയാം അവിടെ തത്വത്തിൽ നിന്നും വ്യതിചലനം ഇല്ല ഇവിടെ പറയും തത്വത്തിൽ ഒരു അവ്യവസ്ഥയും സംഭവിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞുകൊണ്ട് ചലാചലികേതം അങ്ങനെയാണ് തത്വനിഷ്ഠനായ ഒരുവനെ സംബന്ധിച്ച് തത്വത്തിൽ നിന്നും വ്യതിചലനം സംഭവിക്കത്തില്ല ആ ഒരാൾക്ക് തത്വനിഷ്ഠനാകാൻ കഴിയാത്ത കൊണ്ട് എന്ത് ചെയ്യുന്നു തത്വത്തെ ഉപേക്ഷിക്കുകയല്ല ആ തത്വത്തെ അഭ്യസിക്കുന്നു എന്തുകൊണ്ടോ കാരണമറിയത്തില്ല എന്തോ കാരണവശാൽ ആ തത്വത്തെ ശ്രവിച്ചിട്ടും അയാൾക്ക് തത്വം നിഷ്ഠനാകാൻ കഴിയുന്നു അയാൾ മറ്റ് അതിനനുകൂലമായ ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് യുതിയായി നിലനിന്ന് അഭ്യാസങ്ങളെല്ലാം തുടർന്നാലും അയാൾക്ക് തത്വം നിഷ്ഠനാകാൻ കഴിയുന്നു തത്വം നിഷ്ഠനാകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് സംഭവിക്കും ചില ചില നികേതനായിരുന്നു ഞാൻ ശരീരബോധത്തിനും ആത്മബോധത്തിനും മുമ്പോട്ട് പോകും അതിനുപരിയായ ഒരു സ്ഥിതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് തത്വീഭൂത അവനെ സംബന്ധിച്ച പരിശ്രമത്തിന്റെ ആവശ്യം നേരത്തെ പറഞ്ഞല്ലോ പ്രമാണാന്തരമോ സാധനാന്തരമോ ഒന്നും വേണ്ട അവനാ തത്വം തന്നെയായി തീർന്നു എന്റെ പൂർവ്വാവസ്ഥയെക്കുറിച്ച് പറയുക ഒരു കാലത്തവൻ തത്വം അല്ലാതിരുന്നു അജ്ഞനായിരുന്ന കാലം പക്ഷെ അവൻ ആ തത്വമായി തന്നെ മാറി എന്നർത്ഥം തതാരാമ അവൻ അതിൽ ആരംഭിക്കുന്നു അവൻ സാധാരണ മനുഷ്യൻ ബാഹ്യമായി പലതിനും ആരംഭിക്കുന്നു യതിയും തത്വ നിഷ്ഠയ്ക്ക് വേണ്ടി അവൻ പലതിനെ ആശ്രയിക്കുന്നു എന്നർത്ഥം ശ്രവിക്കുന്നു തത്വനിഷ്ഠയ്ക്ക് വേണ്ടി ബോധിക്കുന്നു തത്വനിഷ്ഠയ്ക്ക് വേണ്ടിയും ബോധിപ്പിക്കുന്നു തത്വനിഷ്ഠയ്ക്ക് വേണ്ടി ഇതെല്ലാം തത്വം നിഷ്ഠയ്ക്ക് വേണ്ടി ഉള്ള സാധനങ്ങളാണ് സ്വയം അതിനെ ശ്രവിക്കുക ശ്രവിച്ചിട്ടത് മറ്റുള്ളവരെ ബോധിപ്പിക്കുക ഇതെല്ലാം തത്വനിഷ്ഠയ്ക്ക് സഹായമായിട്ടുള്ള കാര്യം അപ്പോൾ യതി എന്ത് ചെയ്യുന്നു അതിനെല്ലാം ആരംഭിക്കുന്നു അതിലെല്ലാം അവൻ സന്തോഷം കണ്ടെത്തുന്നു ശ്രവണസുഖം ശ്രവിക്കുന്നതിലവൻ സുഖം കണ്ടെത്തുന്നുണ്ടോ നമ്മൾ ശ്രവണം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് ശ്രവണത്തിൽ സുഖം കണ്ടെത്തുന്നു തത്വത്തിലവൻ ആരംഭിക്കുന്നു ശ്രവണത്തിലാണോ മനത്തിൽ ആരംഭിക്കുന്നു തത്വത്തെ ഉദ്ബോധിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു അതൊന്നും പരമാർത്ഥമായ പിന്നെ എന്തിനായിരിക്കണം തഥാരാമൻ ആ തത്വനിഷ്ഠയിൽ തന്നെ അവൻ തൃപ്തനായിരിക്കണം തത്വനിഷ്ഠയിൽ നിന്നും വ്യതിചലിച്ച് മറ്റെന്തില്ലെങ്കിലും ആധ്യാത്മികമോ ഭൗതികവുമായ എന്തിനെങ്കിലും അവൻ സംതൃപ്തനാകാൻ പാടില്ല മറ്റെന്തിലൂടെയെങ്കിലും ഒരുവൻ കൃതകൃത്യനാകാൻ പാടില്ല തത്വത്തിൽ തന്നെ അവൻ കൃതകൃത്യനായിരിക്കണം തത്വീഭൂത തദാരാമ ബാഹ്യരമണ പറയുന്നു എന്നും വ്യതിചരിച്ച് മറ്റേതെങ്കിലും ഒരു ഉപായത്തിലൂടെ അവൻ തൃപ്തനാകുന്നില്ല പ്രതകൃത്തിനാകുന്നില്ല യഥാ അതത്വദർശി അതത്വ അതത്വദർശി തത്വദർശി അല്ലാത്തവൻ അവൻ തത്വത്തെ ദർശിക്കുന്നതിന് ശ്രമിക്കുന്നവനായ അവൻ മറ്റ് പല ഉപായങ്ങളിലൂടെയും കൃതകൃത്യനാകുന്നു തൃപ്തനാകുന്നു നിർവൃതനാകുന്നു നിർവൃതിയെ പ്രാപിക്കുന്നു നിർവൃതിയാണ് പരവുമായ ലക്ഷ്യം ആ നിർവൃതി മറ്റേതെങ്കിലും ഉപായോ ആത്മീയമോ ഭൗതികവുമായ ഉപായത്തിലൂടെയെല്ലാം നേടുന്നു ഒരു കാര്യം എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് തോന്നുക അത് ചെയ്തുകൊണ്ടേയിരിക്കുക അതിൽ തൃപ്തിയെ നേടുക ഇതെല്ലാം എന്താണ് ബാഹ്യരമണം ബാഹ്യമായി നിർവൃതിയാണ് ഇതെല്ലാം ബാഹ്യമായ കൃതകൃത്യതയാണ് അതെങ്ങനെയാണെന്നൂടെ പറയുന്നു അതത്വദർശി കഞ്ചിത്തത്വം ആത്മത്വന പ്രതിപന്ന ശരീരത്തെ ശരീരത്തിൽ ആത്മബോധം വരുന്നു ായാലും ശരി അജ്ഞനെ കുറിച്ച് മാത്രം പറയുന്നതല്ല ചിത്തചലനം അനുചലിതം ആത്മാനം മന്യമാനഹ അങ്ങനെയൊക്കെ ഇത് ഉറപ്പിച്ച മനസ്സ് ആ മനസ് ചലിക്കുന്നതിനനുസരിച്ച് തന്റെ ചലനങ്ങളെ ഗ്രഹിക്കുന്നു ശരീര ചലനമനുസരിച്ച് തന്റെ ചലനത്തെ ഗ്രഹിക്കുന്നു അനുചലിതം ആത്മാനം മന്യമാന ശരീരത്തിൽ മനസ്സ് ഉറച്ചുപോയാൽ ശരീരത്തിൽ ഉറച്ച മനസ്സിന്റെ ചലനങ്ങൾ തന്റെ ചലനമായി പിന്നെ കാണുന്നത് പ്രച്ഛിതോ അഹം ആത്മതത്വാദിദാനി അങ്ങനെയിരിക്കുന്നവൻ തത്വാചലിതം ദേഹാധിഭൂതമാത്മാനം അവനെ സംബന്ധിച്ച് ആത്മാവ് ദേഹം തന്നെയായി മാറും ദേഹത്തിലേക്ക് മനസ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ ആത്മാവ് താൻ ദേഹം തന്നെയായി അവിടെ ആ ദേഹത്തിനെന്തെങ്കിലും ന്യൂനത വന്നു കഴിഞ്ഞാൽ താൻ തത്വത്തിൽ നിന്നും വ്യതിചലിച്ചു എന്ന് കഴിഞ്ഞു താൻ തന്നിൽ നിന്നും വ്യതിചലിച്ചു തനിക്ക് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൽ എന്തെങ്കിലും ന്യൂനത വന്നാൽ ആദ്യം മനസ്സ് ദേഹത്തിലേക്ക് വരുന്നു ദേഹത്തിലെ ന്യൂനതകൾക്കനുസരിച്ച് ദേഹത്തിന് തിരസ്കാരം സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ തിരസ്കരിച്ചതായി കരുതുന്നു ദേഹത്തിന് പൂജ വന്നു കഴിഞ്ഞാൽ തന്നെ പൂജിച്ചതായി തരുതുന്നു ഇതൊക്കെയാണ് ആധ്യാത്മികമായി ചിന്തിക്കുന്നത് അങ്ങനെ കരുതി നേരത്തെ പറഞ്ഞല്ലോ സ്തുതി നമസ്കാരാദികൾ സ്തുതി നമസ്കാരാദികൾ ദേഹത്തിന് സംഭവിക്കുമ്പോൾ തനിക്ക് വന്നതായും തിരസ്കാരം വരുമ്പോൾ തനിക്ക് വന്നതായും കരുതുന്നു ദേഹഭൂതമാത്മാനം പ്രച്യുത അഹം ആത്മതത്വാദിത അവൻ കരുതുന്നു എന്താണ് ഞാൻ എനിക്ക് ക്ഷീണം വന്നിരിക്കുന്നു എനിക്ക് നാശം വന്നിരിക്കുന്നു പക്ഷെ ആ തിരസ്കാരം വന്ന എവിടെ ആത്മാവനാർക്കും തിരസ്കരിക്കാൻ കഴിയില്ല ആത്മാവിനെ നിന്ദിക്കാൻ കഴി പക്ഷെ ദേഹത്തിനതൊക്കെ സംഭവിച്ചപ്പോ പ്രച്യുതഅഹം അഹം ആത്മതത്വ ഞാൻ ഇതാ എനിക്ക് നാശം വന്നിരിക്കുന്നു അനുരക്ഷീണം സംഭവിച്ചിരിക്കുന്നു കാരണം അവൻ ആത്മതത്വമായി ശരീരത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇതെല്ലാം സംഭവിക്കുന്നു സമാനബോധം ആത്മാനം ഇതാണ് ഈ അസ്മി തത്വഭൂത ഇതേക്കുറിച്ച് തന്നെ പറയു ശരീരത്തിലേക്ക് ആത്മബോധം വന്ന് ശരീരത്തിൽ പൂജാ തിരസ്താരങ്ങളൊക്കെ വരുമ്പോ താൻ തന്റെ ആത്മബോധം നഷ്ടപ്പെട്ടു എന്നൊന്നും ചിന്തിക്കാതെ ആ ശരീരത്തിലുള്ള ആത്മബോധത്തെ നിന്നുകൊണ്ട് തന്നെ അവൻ സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു അതാണ് ഇവിടെ പറയുന്നത് ഇതെക്കുറിച്ച് സമാഹിത്തേത് മനസ്സിൽ കഥാചിത് തത്വഭൂതം പ്രസന്നം ആത്മാനം വന്യതേ ആ ശരീരബോധം വിട്ടിട്ട് മനസ്സ് സമാഹിതമാകുമ്പോൾ ശാസ്ത്രോപദേശം കൊണ്ടും മറ്റും മനസ്സ് ആത്മതത്വത്തിൽ ഏകാഗ്രമാകുമ്പോൾ കഥാചിത്ത് ചെലപ്പോൾ എപ്പോഴുമല്ല ചില സമയം ശരീരത്തിലേക്കും പോകുന്നു ചില സമയം ആത്മാവിലേക്കും വരുന്നു തത്വഭൂതം പ്രസന്നം ആത്മാനം അവൻ എന്താണ് അവൻ പ്രസന്നത വരുന്നു മനസ്സിന് ആത്മബോധം എന്ന് പറയുന്നത് എങ്ങനെയായി ഏത് സമയത്തായാലും ഗുരുവന്റെ ഉള്ളിൽ സ്ഫുരിച്ചു കഴിഞ്ഞാൽ ആ സമയം ആത്യന്തികമായ നിറവൃതി പ്രസന്നത സന്തോഷം ആനന്ദം ഇതുണ്ടാകും പ്രസന്നം ആത്മാനം മന്യത് ഇതാനീം അസ്മി തത്വഭൂത ഇതിൻ കരുത് ഞാൻ തത്വനിഷ്ഠനാണ് ശരീരമാണെന്നുള്ള ചിന്ത പിടിയുമ്പോൾ തന്നെ ഉള്ളിൽ നിറവൃതി അനുഭവപ്പെടുന്നു തത്വ ശ്രവിക്കുന്നവനെ കുറിച്ച് പക്ഷെ അതേ വ്യക്തി തന്നെ ശരീരത്തിലേക്ക് അഭിമാനം വയ്ക്കുമ്പോൾ പൂജാ തിരസ്കാരാദികൾക്കനുസരിച്ച് സന്തുഷ്ടനും സന്തപ്തനുമാകുന്നു തഥാത്മവിദ്ഭവേ ഇവിടെ പറയുന്ന ആത്മനിഷ്ഠൻ പറഞ്ഞല്ലോ ഇത് അമ്മ്യവസ്ഥിതമായ ആത്മനിഷ്ഠയാണ് പരമമായ ആത്മനിഷ്ഠയിൽ ഇരിക്കുന്നവൻ അങ്ങനെയല്ല എന്ന് പറയുന്നു ൂധനായിരിക്കുന്നു തഥാരാമനായിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അസൂക്ഷ്മമായ വ്യത്യാസത്തെ കുറിച്ച് പറയണം അതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുന്നു ആത്മഹകര സ്വരൂപപ്രച്ഛേപന അസംഭവാച്ഛ ആത്മാവിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല എന്നുവെച്ചാൽ തന്റെ സ്വരൂപത്തിനൊരിക്കലും മാറ്റമില്ല ഏകരൂപത്വ അതിൽ ഏറ്റക്കുറച്ചിലുകളില്ല അതുകൊണ്ട് സ്വരൂപപ്രഖ്യപന അസംഭവ ആത്മനിഷ്ഠന ഒരിക്കലും അതിൽ നിന്നുള്ള വ്യതിചലനം സംഭവിക്കുന്നില്ല അപ്പൊ ഒരാൾക്ക് താൻ ആത്മനിഷ്ഠനായെന്ന് തോന്നുകയും പിന്നീട് ശരീരബോധം വരികയും താൻ ആത്മനിഷ്ഠയിൽ നിന്ന് വ്യതിചനിച്ചു പോയി എന്നെല്ലാം തോന്നുകയും ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണ് അയാളുടെ ആത്മനിഷ്ഠ വന്നിട്ടില്ല അയാൾ പരിശ്രമിക്കുന്നുണ്ട് സാധനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് പക്ഷെ ആത്മനിഷ്ഠ അയാൾക്ക് കൈവന്നിട്ടില്ല ഒരുപക്ഷെ അയാൾക്ക് സങ്കല്പരൂപത്തിൽ ഭാവനാരൂപത്തിൽ അല്ലെങ്കിൽ സ്മൃതി രൂപത്തിൽ എല്ലാം ആത്മബോധം നിൽക്കുന്നുണ്ടായിരിക്കും ഇത് രണ്ടും അതിന്റെ ശരിയായ രൂപമുണ്ട് സ്മൃതി രൂപത്തിൽ നിൽക്കുന്നത് എന്താണ് ശ്രവിച്ചപ്പോ അതിനെക്കുറിച്ചുള്ള ബോധമുണ്ടായി പക്ഷെ അത് നഷ്ടപ്പെട്ടുപോയി ആ ബോധം പൂർണ്ണമായില്ല അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി അപ്പൊ അനുഭവത്തിൽ നിന്ന് പിന്തുടർന്ന് വരുന്ന ഒരു അനുഭവമാണ് സ്മൃതി എന്ന് പറയുന്നത് അനുഭവം നിലനിൽക്കുകയാണെങ്കിൽ പിന്നെ സ്മൃതിയുടെ ആവശ്യമുണ്ട് നമ്മളൊരു വസ്തുവിനെ എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ ഞാൻ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടേയിരിക്കുന്നു എനിക്കിതിനെ സ്മരിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്തുകൊണ്ട് എന്റെ ഉള്ളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രത്യക്ഷം ഞാനാണ് ഞാൻ അന്ന് അവിടെ സ്മരിക്കേണ്ട കാര്യമില്ല ഇനി ഞാൻ ഈ സ്ഥലം വിട്ടും ഇതിനെക്കുറിച്ചുള്ള ജിജ്ഞാസ എന്റെ മനസ്സിലുണ്ടായി മനസ്സുകൊണ്ട് ഞാൻ ഭാവന ചെയ്തു സ്മരണമല്ല ഭാവന കല്പന പ്രത്യക്ഷമായി എന്റെ മുമ്പിൽ ഇരിക്കുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭാവന ചെയ്യേണ്ട ആവശ്യം അപ്പൊ സ്മരണയും ഭാവനയും അതല്ല ആത്മബോധം എന്ന് പറയുന്നു രണ്ടു തന്നെ ആത്മതത്വത്തെ ശ്രവിച്ചിട്ട് അത് നമ്മുടെ ഉള്ളിൽ പൂർണമായി പ്രകാശിക്കാതിരുന്നാൽ നമ്മളതിനെ സ്മരിക്കുന്നു ആ സ്മരണ നിലനിൽക്കും നശിക്കും അതുപോലെ തന്നെ ഒരാൾ ഏതെങ്കിലും വിധത്തിൽ ഒരു വസ്തുവിനെ കുറിച്ച് എന്നോട് പറഞ്ഞു എനിക്കതിനെ ധരിക്കാൻ പറ്റിയില്ല ഞാൻ അതിനെ മനസ്സുകൊണ്ട് ഭാവന ചെയ്തു കല്പിക്കുന്നു ആ ഭാവനയും കുറേ സമയം നിലനിൽക്കും നശിക്കും ആത്മനിഷ്ഠ ആത്മബോധം ഇത് രണ്ടുമല്ല സ്മരണയോ ഭാവനയോ അല്ല അതേസമയം സ്മരണയും ഭാവനയും ആത്മബോധത്തിന് സാധനയാണ് ആത്മബോധത്തിന്റെ സാധനങ്ങൾ രണ്ടിനും എന്തുകൊണ്ട് ആ സ്മരണയിലും ഭാവനയിലുമെല്ലാം ആപാതജ്ഞാനം എന്ന് പറയുന്നു അങ്ങനെ ഒരു ജ്ഞാനമുണ്ട് എന്നുവെച്ചാൽ സംശയത്തോടുകൂടിയ എന്നാൽ അജ്ഞാനം പൂർണ്ണമായും മാറാത്ത ഭ്രമവും സംഭവിക്കാവുന്ന ജ്ഞാനമുണ്ട് ആത്മതത്വത്തെ ശ്രവിക്കുന്നു ശാസ്ത്രം ഗുരു ഉപദേശിക്കുന്നത് സംശയരഹിതമായിട്ടാണ് അതിനെ വെളിപ്പെടുത്തുന്നത് പക്ഷെ കേൾക്കുന്നവനതിനെ ധരിക്കുന്നത് സംശയത്തോടുകൂടിയാണ് അതുകൊണ്ടാണ് വീണ്ടും ജിജ്ഞാസ ഉണ്ടാകുന്നത് ഉപദേശിച്ചത് സംശയരഹിതമായി കേട്ടത് സംശയത്തോടുകൂടി അപ്പ ഞാനതിനെ പറയും അതിന് നേടിയ ഞാനത്തെ ആപാതജ്ഞാനം എന്ന് പറയും ഈ ആപാദജ്ഞാനം ഒരു സാധനയാണ് സാധന എന്നുള്ള നിലയ്ക്ക് അതിനെ സ്വീകരിക്കാം പക്ഷെ അനുഭവം അങ്ങനെയല്ല അനുഭവം സാധന അനുഭവത്തിന്റെ പ്രത്യേകത എന്താണ് അവിടെ പിന്നെ ഭാവനയുടെ ആവശ്യമില്ല സ്മരണയുടെ ആവശ്യമില്ല അനുഭവത്തിന് എന്താണ് സംഭവിക്കുന്നത് അവിടെ ജിജ്ഞാസ ശമിക്കുന്നു എന്റെ മുമ്പിൽ ഒരു വസ്തു ഇരിക്കുന്നു ഈ വസ്തുവിനെക്കുറിച്ച് അറിയുന്നു ഈ വസ്തുവിനെക്കുറിച്ച് എങ്ങനെയാണോ ഞാൻ അറിഞ്ഞത് ഞാൻ അറിഞ്ഞ അനുഭവത്തെ സംബന്ധിച്ച് പിന്നെ എന്റെ മനസ്സിൽ ജിജ്ഞാസയുടെ ആവശ്യമില്ല ഇതെങ്ങനെയാണ് അറിയാത്ത രൂപത്തെക്കുറിച്ച് ജിജ്ഞാസുണ്ടാകാം അറിഞ്ഞ രൂപത്തെക്കുറിച്ച് ജിജ്ഞാസ ആവശ്യമുണ്ട് ഈ വസ്തുവിന്റെ ജ്ഞാനത്തിന് വേണ്ടി പിന്നെ ഞാൻ ഭാവന ചെയ്യേണ്ട ആവശ്യമില്ല ഈ വസ്തുവിന്റെ ജ്ഞാനത്തെ എനിക്ക് സ്മരിക്കേണ്ട ആവശ്യം വരുന്നില്ല പ്രത്യക്ഷമാണ് അതാണ് ആചാര്യസ്വാമികൾ പറയുന്നത് ജ്ഞാനം വസ്തുതന്ത്രം ബ്രഹ്മസൂത്രത്തിന്റെ ിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അത് വസ്തുതന്ത്രമാണ് അനുഭവം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പ്രത്യക്ഷാനുഭവം അതുകൊണ്ട് എന്താണ് പ്രഖ്യാപന അസംഭവ ആത്മബോധം ഒരുവന്റെ ഉള്ളിൽ പ്രകാശിച്ചാൽ യഥാർത്ഥമായി അവിടെ പിന്നെ സംശയം വരുന്നില്ല മാറ്റം ച്യുതി അത് സംഭവിക്കുന്നില്ല മാറ്റം സംഭവിക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ എന്നുവെച്ചാൽ അതിനെ സ്മരിക്കേണ്ട ആവശ്യം അതിനെ ഭാവന ചെയ്യേണ്ട ആവശ്യം അതൊന്നും വരുന്നില്ല സ്മരണ ഭാവനകളെല്ലാം അതിന്റെ സാധനങ്ങൾ മാത്രമാണ് എന്നുവെച്ചാൽ സ്മരിക്കുകയോ ഭാവനയോ വേണ്ടന്നുള്ള ആന്തരികമായി ബോധം പ്രകാശിക്കാത്തിടത്തോളം കാലം ശ്രവണവും സ്മരണയും ഭാവനയുമെല്ലാം സഹായിക്കുക മറ്റൊരുദാഹരണം പറയും എന്താണ് മധ്യാത്തിന് സൂര്യൻ പ്രകാശിക്കുന്നു അവിടെ അന്ധകാരത്തിന് യാതൊരു സാധ്യതയില്ല തടസ്സങ്ങളില്ലാതെ അത് പ്രകാശിക്കണം അതേസമയം അതേ സൂര്യന്റെ പ്രകാശം തന്നെ മറ്റ് പല സന്ദർഭങ്ങളിലും തടസ്സത്തോടുകൂടിയാണ് അനുഭവപ്പെടുന്നത് സന്ധികളിലും മേഘം ഒന്ന് മറയുമ്പോഴും രാത്രിയും എല്ലാം ആ പ്രകാശം വന്നാലും അത് പല തടസ്സങ്ങളോടുകൂടിയാണ് ആ പൂർണ്ണപ്രകാശം മധ്യാത്തിൽ ലഭിക്കുന്നത് പോലെ മറ്റൊന്നും അനുഭവപ്പെടുന്നു അതുപോലെ സ്മരണരൂപത്തിലോ ഭാവന രൂപത്തിലോ അല്ലാതെയുള്ള ഒരു സ്വയംപ്രകാശം അതുകൊണ്ടാണ് ആത്മാവിന്റെ സ്വയംപ്രകാശമെന്നും പറയുന്നു സ്മരണരൂപത്തിലല്ല ഭാവനയുടെ രൂപത്തിലുമല്ല അതുകൊണ്ടിവിടെ പറയുന്ന എന്താണ് ഏകരൂപത്വ സ്വരൂപപ്രജ്യവന അസംഭവ ആത്മാവേകരൂപമാണ് അത് ഏറ്റക്കുറച്ചിലല്ല അതിൽ അതിശയങ്ങളില്ല അതിശയം വെച്ചാൽ ഏറ്റക്കുറച്ചിൽ അതില്ല അതുകൊണ്ട് എന്താണ് ആത്മബോധത്തിലേക്കൊരാൾ ഉണർന്നാൽ പുരിയനിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ ജാഗ്രതയിലുണർവിന് ഉപരിയായൊരു ഉണർന്നു അവിടെയും ഒരു വ്യത്യാസം ആത്മബോധം സ്മരണ ഭാവന ഇത് രണ്ടും എന്താണ് മനോവൃത്തികൾ മനോവൃത്തികൾ ജാഗ്രത അനുഭവപ്പെടുന്നതാണ് തുര്യനെ കുറിച്ച് എന്താണ് പറയുന്നത് ആ തുര്യൻ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുത്തിയിലും നിലനിൽക്കുന്നവനാണെങ്കിലും ഈ ജാഗ്രത സ്വപ്ന സുഷുതികൾക്ക് അതീതനായി പ്രകാശിക്കുന്നവനാണ് അതുകൊണ്ടുതന്നെ ഈ തുര്യപ്രകാശം എന്ന് പറയുന്ന ആത്മനിഷ്ഠ ഒരുവിനും സംഭവിക്കുമ്പോൾ അവൻ പരമാർത്ഥത്തിനും ജാഗ്രത സ്വപ്ന സുഷുതികൾക്ക് അതീതനാണ് അതുകൊണ്ട് അപ്പോ തുരിയൻ ജാഗ്രത സ്വപ്ന സുഷുതികൾക്ക് അതീതനാണെന്ന് പറഞ്ഞാൽ ജാഗ്രതല്ലാന്നർത്ഥമില്ല സ്വപ്നത്തിലോ സുഷുതിയിലോ ഇല്ല എന്നത് അർത്ഥമുണ്ട് സ്വപ്നത്തിനും സുഹൃത്തിയിലും അത് തുടക്കത്തിൽ പറഞ്ഞു ഭാഷ്യത്തിൽ സ്വപ്നത്തിനും സുഹൃത്തിയിലും ജാഗ്രതത്തിനും എല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് അതീതനായി പ്രകാശിക്കുന്നവനാണ് അതിനതീതനായി പ്രകാശിക്കാന്ന് പറഞ്ഞാൽ എന്താണ് ആ തുരിയെ ആശ്രയിച്ച് ഇതിലെല്ലാം നിലനിൽക്കുന്നു സൂര്യന്റെ പ്രകാശത്തിനത് ജാഗ്രത സ്വപ്ന സുഷുക്തി അവസ്ഥകളെ ആശ്രയിക്കുന്നു അത് തന്നെയാണ് ആത്മബോധത്തെക്കുറിച്ചും പറയുന്നത് ആത്മബോധം ജാഗ്രതത്തിലാണോ സ്വപ്നത്തിലാണോ സുഷുതിയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിൽ നിന്നും വേറിട്ടൊരാത്മബോധമില്ല ആത്മാവെന്ന് വേറെ ആത്മബോധം വേറെ അങ്ങനെയുണ്ട് ആത്മാവിന്റെ തന്നെ സ്വരൂപ പ്രകാശവും അതുകൊണ്ടത് ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്നുള്ള ഭേദം അതിനകത്തുണ്ട് അത് ചില ചോദിക്കും സ്വപ്നത്തിൽ ആത്മബോധം ഉണ്ടാകുമോ സുഷുപ്തിയിൽ ആത്മബോധം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഈ ആത്മബോധം ജാഗ്രത്തിലെ മറ്റ് ബോധത്തെ പോലെ ഒരു ബോധമാണെന്ന് ധരിക്കുന്നോണ്ടാണ് ജാഗ്രത മറ്റു ബോധങ്ങളെപ്പോലെയല്ല ജാഗ്രതയിൽ ഉണ്ടാകുന്ന ബോധങ്ങൾ എന്താണ് വിഷയബോധങ്ങൾ ആ വിഷയബോധം ഒന്നുകിൽ പ്രത്യക്ഷമായി വരും അല്ലെങ്കിൽ സ്മരണരൂപത്തിലോ ഭാവനാരൂപത്തിലോ വരും അതല്ല ഇവിടെ ഏകരൂപത്വ ആത്മാവ് ഏകരൂപമാണ് അതിന്റെ പ്രകാശമാണ് അതിന്റെ പ്രകാശത്തിനുള്ള തടസ്സങ്ങൾ ഇവിടെ മാറുന്നുവെന്നേയുള്ളൂ അവിദ്യ അല്ലെങ്കിൽ മായ മാറുന്നു എന്നേയുള്ളൂ മറ്റൊന്നും ഇവിടെ സംഭവിക്കുന്നുണ്ട് പ്രകാശിപ്പിക്കാൻ വേണ്ടി പുതിയൊരു പ്രകാശത്തെ ആരും ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിക്കുന്ന ഈ സ്മരണയും ഭാവനകളുമെല്ലാം അവസാനിക്കുന്നിടത്താണ് ആത്മാ പ്രകാശിക്കുന്നത് അതിന് എങ്ങനെ മാറ്റം വരും പ്രക്ഷേപനം അസംഭവമാകും അതുകൊണ്ട് അതിന് മാറ്റം സംഭവിക്കുന്നല്ല മറിച്ച് നമ്മൾ സാധനാരൂപത്തിൽ ആർജിക്കുന്ന ജ്ഞാനങ്ങൾക്കെല്ലാം മാറ്റം സംഭവിക്കാം അതുകൊണ്ടാണ് നമ്മൾ ജ്ഞാനം നേടിയെന്ന് പ്രതികൃത്തിനാകുന്നതും അത് നഷ്ടപ്പെട്ടതെന്ന് കരുതി നിരാശനാകുകയും ചെയ്യുന്നു സദൈവ ബ്രഹ്മാസ്മിത്യതോ ഭവേദ് അങ്ങനെ ആയിത്തീരണമെന്നാണ് പറയുന്നത് അങ്ങനെ ആകുന്നു എന്ന് പറയുന്നു സദായവ എന്നുവെച്ചാൽ എന്താണോ ഏതെങ്കിലും ഒരു കാലത്തിലോ ഏതെങ്കിലും ഒരു ദേശത്തിലോ അല്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ സാറിന് പറയുന്നത് ഇത് വർത്തമാനത്തിലാണ് വർത്തമാനത്തിലോ പ്രത്യേകിച്ചൊരു ദേശത്തോ പ്രത്യേകിച്ച് ഏതെങ്കിലും തീർത്ഥത്തിലോ പ്രത്യേകിച്ച് ഏതെങ്കിലും ആശ്രമത്തിലോ പ്രത്യേകിച്ച് ഏതെങ്കിലും കാലത്തിലോ ഒന്നും സംഭവിക്കുന്നല്ല കാലദേശാതീതമായിരിക്കുന്നു ബ്രഹ്മാസ്മി അപ്രച്ഛുതോ ഭവേ അപ്രച്യുതി മാറ്റം വേദിലെന്ന് സംഭവിക്കാത്ത നിന്നും സപ്രച്ഛ്യുത ആത്മതത്വ ദർശനം ദർശനോ ഭവേദിത്യ അഭിപ്രായം അങ്ങനെയായി തീരുന്നു അല്ലെങ്കിൽ അങ്ങനെയായി തീരേണ്ടത് ആത്മ നിഷ്ഠയുടെ ആത്മദർശനത്തിന്റെ മഹത്വത്തെ കാണിക്കാൻ വേണ്ടി സ്തുതിപരമായി അടുത്ത് പറയാണ് ശനി ചെയ്ത സ്വഭാവ കേഴിച്ച ഒന്നാണ് ആത്മദർശനത്തിൽ അത് ബാഹ്യമായ എന്തെങ്കിലും ഒന്നിനെ ആശ്രയിച്ചിട്ടല്ല ബാഹ്യമായിട്ടുള്ള നന്മതിന്മകളെ ആശ്രയിച്ചിട്ടല്ല ബാഹ്യമായ ശ്രേഷ്ഠവും നികഷ്ടവുമായ എന്തിനെങ്കിലും ആശ്രയിച്ചിട്ടില്ല അശ്വിനും ബ്രാഹ്മണനും സദ്വൃത്തനും നിർവൃത്തനവും നടത്തി അവിടെ ഉദ്ദേശിക്കുന്നു സദ്വൃത്തനായിരിക്കുന്ന ബ്രാഹ്മണനും ദുരാചാരിയായിരിക്കുന്ന സ്വഭാഗനനും അശൗച വിചാരങ്ങളില്ലാത്ത നായിലും യെല്ലാം അവിടെ എന്താണ് ആത്മദർശനത്തിന് വ്യതിചനം സംഭവിക്കുന്നുണ്ട സമം സർവേഷു ഭൂതേഷു സ്മൃതിയിൽ വീണ്ടും പറയുന്നതാണ് സർവ്വഭൂതങ്ങളിലും സമമായിരിക്കുന്ന ഏകരൂപത്തിലിരിക്കുന്നു അത് മുമ്പ് പറഞ്ഞു ഏകരൂപത്വ ആത്മനിഷ്ഠയെക്കുറിച്ച് പറയുകയാണ് ഇത്യാദി സ്മൃതി സ്മൃതിയിലും ഇക്കാര്യം പറയുന്നു അല്ല ആത്മനിഷ്ഠയുടെ പരമമായ കാര്യം ഇവിടെ പറഞ്ഞ് ധ്യകം ദൃ തൃഷ്ടത സേഭൂത രാമ തച്ചു ഭേത്